ലക്ഷ്മി മുഖേന <tube> ചീവോഷ തധ പലോകാജ് തേശദോഷ പുരുഷ ആദിത്യാദിയ ആദർശാദിഷൻ അനുപ്രവിഷ്ടോഷന സംബദ്ധ്യത അതിനെ സംബന്ധിച്ചൊരു ചോദ്യം ചോദിക്കുന്നു പുരുഷൻ ആദർശ കണ്ണാടി ഉദകം ജലം അതില് ഛായാ മാത്രേന പ്രതിബിംബമാണ് അതുകൊണ്ട് അതിലെ ദോഷങ്ങൾ പുരുഷനെ ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞു ജീവൻ പ്രതിബിംബമാണെന്ന് പറഞ്ഞു അല്ലെങ്കിൽ പ്രതിബിംബം പോലെ രണ്ടായെന്താണോ എന്തെന്ന് ഛായാ മാത്രസ്യ ജീവം മൃഷ പ്രതിബിംബം എന്നോ പ്രതിബിംബം പോലെ എന്നോ പറഞ്ഞു കഴിഞ്ഞാൽ മിഥ്യാണ് ജീവഭാവം മിഥ്യയാണ് അങ്ങനെയാണെങ്കിൽ തഥാ പരലോക ഇഹലോകാതിച്ച തസ്യം അങ്ങനെയാണെങ്കിൽ ഇഹലോകവാസം പരലോകഗമനം പറഞ്ഞ മുമ്പ് പഞ്ചാഗിന് വിദ്യയെക്കുറിച്ച് മറ്റും പറഞ്ഞു ജീവൻ പോകുന്നതും തിരിച്ചു വരുന്നതും ജീവന്റെ സംസാരഗതിയും എല്ലാം വർണ്ണിച്ചു ഇതെല്ലാം അസംബന്ധവും ഇതിനെല്ലാം ചേർത്തും വിദ്യ എന്ന് പറഞ്ഞാൽ മതി എന്തുകൊണ്ടെങ്കിലും പറയാൻ കാരണം കണ്ണാടി നോക്കുന്നവൻ ദുഃഖിക്കുന്നു പക്ഷെ ജീവൻ ആ കണ്ണാടിയിലെ പ്രതിബിംബത്തിന്റെ സ്ഥാനത്താണത് ആ പ്രതിബിംബം കേവലൊരു പ്രതീതി മാത്രം അവിടെ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ ജീവൻ ദുഃഖിക്കുമ്പോ പ്രതിബിംബം ദുഃഖിക്കുന്നുമില്ലല്ലോ ഇപ്പൊ ജീവൻ പ്രതിബിംബത്തിന്റെ സ്ഥാനത്താണെങ്കിൽ ജീവനിലൊന്നും തന്നെ സംഭവിക്കാൻ പാടില്ല സാധാരണ ചോദിക്കാറുണ്ടോ ജീവൻ അസത്യമാണെങ്കിൽ മിഥിയാണെന്ന് പറയുകയാണെങ്കിൽ പിന്നെ ജനന മരണങ്ങളൊക്കെ അവിടെ ജനനും മരണമൊന്നുമില്ലല്ലോ ജനനും മരണങ്ങളില്ലെങ്കിൽ പിന്നെ പുനർജന്മ അവിടെ പക്ഷെ ശ്രീലും മറ്റും പുനർജന്മത്തെ കുറിച്ച് സ്പഷ്ടമായും പറയുന്നു രണ്ടും കൂടെ എങ്ങനെ പൊരുത്തപ്പെടും ഒരു ഭാഗത്ത് പറയുന്നത് ഇത് കണ്ണാടിയിലെ പ്രതിബിംബം പോലെയാണ് അങ്ങനെ പ്രതിബിംബത്തിന് ബിംബത്തിലുള്ള ഒന്നും തന്നെ ബിംബം കരയുന്നു ചുരിക്കുന്നു പ്രതിബിംബത്തിലൊന്നും സംഭവിക്കുന്നില്ല വരൂറി ഛായ നിഴല് ജീവന്റെ സ്ഥിതി അതാണെങ്കിൽ ഈ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങൾ കർമ്മഫലം ഇതൊന്നും ഇല്ലാതാവും ഇത് വ്യാവഹാരികമായി അനുഭവപ്പെടുന്നുണ്ട് ഈ വ്യാവഹാരികത എങ്ങനെ സംഭവിക്കുന്നതാണ് ഇതിനെല്ലാം ബിംബം പോലെ അല്ലെങ്കിൽ പ്രാതിഭാസികമായി സ്വീകരിച്ചു വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ മരുഭൂമിയിലെ ജലം വാസ്തവത്തിൻ്റെ ജലമുണ്ട് രണ്ടെന്നും മുന്നൊരു വ്യത്യാസമുണ്ടല്ലോ വാസ്തവജലം കുടിച്ചാൽ ദഹം മാറത്തുള്ളൂ ജലം കുടിച്ച് ദാഹം മാറാറുണ്ട് അവിടെ വ്യവഹാരം അസംഭവമാണ് ഇത് എല്ലാം കാനൂജലം പോലെ എന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആര് വെള്ളം കുടിക്കുന്നു ആർക്ക് ദാഹം ശ്രമിക്കുന്നു ഇതിനെന്താ സമാധാനം രജ്ജുവിലെ സർപ്പം പോലെയാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജ്ജുവിലെ സർപ്പം കടിച്ച് ആരും മരിച്ചിട്ടില്ല പക്ഷെ ഇവിടെ അങ്ങനെയല്ല സർപ്പം കടിക്കുന്നുണ്ട് ആൾക്കാർ മരിക്കുന്നുണ്ട് ഇതെല്ലാം രജിത് സർപ്പം പോലെ എന്ന് പറഞ്ഞാൽ പിന്നെ ഇതെല്ലാം എങ്ങനെ സംഭവിക്കുന്നു രജിത് സർപ്പം കടിച്ചാലും മരിക്കാറില്ലല്ലോ പക്ഷെ ഇവിടെ മനുഷ്യൻ മരിക്കുന്നുണ്ടല്ലോ അപ്പം എന്താ ചോദ്യത്തിൻ്റെ താല്പര്യം ഈ ഒരു പ്രതിബിംബമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ വ്യവഹാരം എങ്ങനെ നടത്തും ശാസ്ത്ര വ്യവഹാരം ലൗകിക വ്യവഹാരം വ്യവഹാരത്തെ രണ്ടായിത്തിരിക്കുന്നു ലൗകിക വ്യവഹാരം സഹജമായി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അതൊന്ന് ശാസ്ത്രീയ വ്യവഹാരം ശാസ്ത്ര പറഞ്ഞതുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇതിനൊക്കെ എന്താന്നല്ല കാര്യകാരന ബന്ധം വരത്തില്ല കർമ്മവും ഫലവും ബന്ധം വരത്തില്ല വ്യവഹാര അസുദ്ധി ദോഷം വ്യവഹാരം തന്നെ സിദ്ധിക്കാത്തു പക്ഷെ അത് നമ്മുടെ അനുഭവവിരുദ്ധമാണ് വ്യവഹരിക്കുന്നുണ്ട് ജലം കുടിച്ച മനുഷ്യന്റെ ദാഹം മാറുന്നു സർപ്പം കടിച്ച മനുഷ്യർ മരിക്കുന്നു ഇതെല്ലാം കാണുന്നുണ്ട് അപ്പൊ ഇതിനെങ്ങനെ പൊരുത്തപ്പെടുത്തുന്ന മേശദോഷ ദോഷമില്ല എന്തുകൊണ്ട് സദാത്മനാ സത്യത്വഭ്യുമാ കാണുന്നതെല്ലാം സദാത്മനാ സത്യത്വം സദ്രൂപത്തിനിത് സത്യമാണ് ആ സത്യത്വം സർവത്രയുണ്ട് അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇതിന് മൂന്നായിത്തിരിക്കുന്നത് വ്യാവഹാരികം പ്രാതിഭാസികം പിന്നെ പരമാർത്ഥികം അതിങ്ങനെ മൂന്നായിത്തിരിക്കുന്ന അത് അതുകൊണ്ടാണ് സദാത്മന സത്യം എല്ലാം സത്യമാണ് കാരണം ഒരിടത്ത് അനുഭവത്തെ നിഷേധിക്കാൻ വേണ്ടി അതിനൊരു സത്യത്വമുണ്ട് അതാണ് സദാത്മന സത്യത്വം എന്ന് പറയുന്നത് സ്വപ്നം നമ്മൾ പറയും മിഥ്യയാണ് പക്ഷെ സ്വപ്നത്തിനൊരു സത്യത്വമുണ്ട് നമുക്ക് പറയാം മിഥ്യയാണ് സ്വപ്നം പക്ഷെ സ്വപ്നം കണ്ടില്ല എന്ന് പറയാൻ പറ്റത്തില്ല സ്വപ്നം എന്ന് പറയുന്ന അനുഭവം ഉണ്ടായില്ല എന്ന് പറയാൻ പറ്റില്ല സ്വപ്നം എന്ന് പറയുന്ന അനുഭവത്തെ നിഷേധിക്കാൻ വയ്യ നിഷേധിക്കാൻ വയ്യാത്ത എന്തുകൊണ്ട് അതിലെന്തോ സത്യമുള്ള അല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ പറയാൻ കഴിയുന്നില്ല ഞാൻ സ്വപ്നമേ കണ്ടില്ല പറയാൻ കഴിഞ്ഞില്ല അവിടെ അത്രയും പറയാൻ പറ്റും സ്വപ്നം കണ്ടത് പക്ഷെ അതിപ്പോ ഇല്ല അതുകൊണ്ടത് പരമാർത്ഥമുണ്ട് എന്ന് പറയാം പക്ഷെ സ്വപ്നം കണ്ടില്ല എന്ന് പറയാൻ സ്വപ്നത്തെ നിഷേധിക്കാൻ വയ്യ അതിനൊരു സത്യമാണ് അതൊരു പ്രതീതിയാണെങ്കിലും സത്യം അതുകൊണ്ട് തന്നെ പറയും പ്രതീതി സത്യം അത് പ്രതീതി സത്യമാണ് ജാഗ്രത ജാഗ്രതും സുഷൃത്തിയിലില്ല അതുകൊണ്ട് ഇതിനെയും നിഷേധിക്കാം ജാഗ്രത പരമാർത്ഥമുണ്ട് അനുഭവപ്പെടുന്നുണ്ട് എനിക്കിപ്പോ ഇത് സത്യമായിട്ട് തന്നെ അനുഭവപ്പെടുന്നുണ്ട് ജാഗ്രതയിലിരുന്നുകൊണ്ടാണ് ഞാൻ സ്വപ്നത്തെയും സൃഷ്ടിയൊക്കെ നിരൂപണം ചെയ്യും എന്നാലും സുഷുതയിലിതില്ല യുക്തി കൊണ്ട് പരിശോധിക്കുമ്പോൾ എനിക്ക് നിശ്ചയിക്കാൻ കഴിയും ഇത് സദാ ഉള്ളതല്ല സദാവുള്ളതല്ലെങ്കിൽ ഇത് സത്യമുണ്ട് ഞാൻ സത്യമായിട്ട് സദാ ഉള്ളതിനെ അംഗീകരിക്കുന്നു സദാ നൽകുന്നു അപ്പോൾ ആ യുക്തി ഉണ്ട് ഞാൻ സദാവുണ്ട് പക്ഷെ എന്റെ ജാഗ്രത സദാ ഞാൻ ജാഗ്രത സ്വപ്നത്തിനും സുഷുത്തിയിലും സമാധിയിലും എല്ലാം ഉണ്ട് ഞാൻ പക്ഷെ എന്റെ ജാഗ്രത എല്ലായിടത്തും ഇല്ല അതുകൊണ്ട് ജാഗ്രത സത്യമല്ലാന്ന് പറയാം പക്ഷേ എനിക്ക് പറയാൻ കഴിഞ്ഞാൽ എന്താണ് എനിക്ക് ജാഗ്രത എന്ന് പറയുന്ന ഒരു അനുഭവം ഉണ്ടാവേയില്ല സത്യമല്ല പക്ഷെ അനുഭവത്തെ നിഷേധിക്കാൻ വയ്യ അപ്പം നിഷേധിക്കാൻ വയ്യാത്തോണ്ട് എന്താണ് ജാഗ്രത സത്യം തന്നെ പക്ഷെ എന്ത് സത്യം വ്യാവഹാരിക സത്യം ഒന്ന് പ്രാതീതിക സത്യം മറ്റൊന്ന് വ്യാവഹാരിക സത്യം അങ്ങനെ ഒരു സത്യം ഇതിനെല്ലാം ഉണ്ട് ങ്ങനെ ഈ സത്യത്വം വന്നു സ്വപ്നത്തിൽ വന്നു ജാഗ്രത്തിൽ വന്നു ഈ സത്യം ഇതിലെവിടുന്ന് കിട്ടി അതാണ് ഇവിടെ പറയുന്നത് സദാത്മന സത്യത്വ അഭ്യൂമ എന്തൊക്കെ അനുഭവപ്പെടുന്നു ജാഗ്രത ആയാലും ചെസ്വപ്നമായാലും സമാധിയായാലും ചെറിയ സുശക്തിയായാലും ശരി സർവ്വാനുഭവങ്ങളും സദാത്മനാ സത്യ സത്സ്വരൂപത്തിലത് സത്യമാണ് കാരണം സത്ത് നിഷേധിക്കാൻ കഴിയുന്നില്ല അവരുടെ നമ്മൾ നിഷേധിക്കുന്ന എന്താണ് കേവലം പ്രതീതി പ്രതീതി നിഷേധിക്കുന്നു അപ്രതീതി ഇല്ലാതായി അങ്ങനെ നിഷേധിക്കും പക്ഷെ പ്രതീതിയിലുള്ള സത്യത്തെ നിഷേധിക്കാൻ പറ്റില്ല എന്തുകൊണ്ട് സത്യത്തിലാണ് ഈ പ്രതീതി ബിംബത്തെ നമുക്ക് നിഷേധിക്കാം അതുപോലെ കണ്ണാടി നിഷേധിക്കാൻ പറ്റത്തില്ല ഇതിനെയെല്ലാം ഈ അനുഭവങ്ങളെല്ലാം പ്രതിഫലിപ്പിക്കുന്ന ഇതിൻ്റെ ഒരു ആധാരമുണ്ട് അതിനാണ് സത്തൊന്നോ ല്ല പറയുന്നു അതിനെ ആശ്രയിച്ചിട്ടാണ് ഈ പ്രതീതികൾ നിലനിൽക്കുന്നത് അത് സത്താണ് അതുകൊണ്ട് ഇതിനൊരു സത്യത്വമുണ്ട് പക്ഷെ ഒന്നൊരു പ്രാതീതിക സത്യം വെളിച്ചം പോലെ സൂര്യന്റെ വെളിച്ചം അത് സ്ഥായിയാണ് ദീർഘകാലമായി അങ്ങനെ നിൽക്കുന്നു രാമും പകനും എല്ലാം ആ വെളിച്ചം പലതരത്തിൽ നമുക്ക് അനുഭവപ്പെടുന്നു അവിടുത്തെ സൂര്യൻ്റെതായി അവിടുത്തെ ചന്ദ്രൻ്റെതായി അഗ്നിയുടേതായി അപ്പൊ സൂര്യന്റെ ആ പ്രകാശത്തിനൊരു സ്ഥായിത്വമുണ്ട് അതും പ്രകാശമാണ് അതിന് പ്രകാശത്വം അതിനെ നമുക്ക് നിഷേധിക്കാൻ മിന്നൽ പിണത്തിലും ഉണ്ട് പ്രകാശം പക്ഷെ അത് ക്ഷണികമാണ് ക്ഷണികമാണെങ്കിലും അതിൻ്റെ പ്രകാശത്വം അത് സൂര്യന്റെ പ്രകാശത്ത് നിന്നോട്ടും വ്യത്യാസമുണ്ട് കാരണം അതിനെ നമുക്കൊരിക്കലും പ്രകാശമല്ലാന്ന് പറയാൻ കഴിയില്ല ക്ഷണികമാണെങ്കിലും പ്രകാശമല്ല എന്ന് പറയുന്നു ഇപ്പം രണ്ടിലും തത്വമൊന്നുമുണ്ട് സൂര്യന്റെ പ്രകാശം തന്നെയാണ് ക്ഷണികമായ ആ മിന്നൽ പിണറില് വിധിക്കുന്നു പക്ഷെ രണ്ടും മിനി വ്യത്യാസം ഒന്നിനെ കുറിച്ച് പറയും അത് അനന്തമായി നിൽക്കുന്നു മറ്റേതിനെ പറയും അത് ക്ഷണികമാണ് അതുപോലെ ഈ പ്രതീതികൾ ആ പ്രതീതികൾ ക്ഷണികമാണ് സ്വപ്നമായാലും രജിസ്വപ്നമായാലും അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ പറയാം അത് മിഥ്യയാണ് ക്ഷണികമാണെന്ന് പറയുന്നു പക്ഷെ അതിനുള്ള ആ സത്യത്വം അതിനെ നമുക്ക് നിഷേധിക്കാൻ വേണ്ടി ചിന്തിക്കുമ്പോൾ അതും സത്യത്തിൻ്റെ പ്രതീതിയാണ് ജാഗ്രത എങ്ങനെയാൽ അത് സൂര്യനെ പോലെ നിരന്തരം പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലെ പ്രകാശസ്ഥായിയാണെന്ന് നമുക്ക് തോന്നിപ്പോകും അതിലെ സത്യത്വം സ്ഥിരതയുള്ളതാണെന്ന് തോന്നിപ്പോവും അതുകൊണ്ട് നമ്മൾ എന്ന് പറയുന്നു വ്യാവഹാരിക സത്യം എന്ന് പറയുന്നു അങ്ങനെ ചിന്തിക്കുമ്പോൾ ായയായാലും ശരി ബിംബമായാലും ശരി സർവമെന്താണ് സദാത്മനാ സത്യത്വം സദ്രൂപത്തിൽ സർവവും സത്യമാണ് സദ്രൂപത്തിൽ സർവവും സത്യമായതുകൊണ്ടാണ് ഇവിടെ അദ്വീതം സിദ്ധമാകുന്നത് പിന്നെ മിഥ്യ എന്ന് പറയുന്നത് നമ്മുടെ നേരത്തെ പറഞ്ഞു എന്താണ് അത് ക്ഷണികമാണ് അതല്പമാണ് അതിന്റെ അനുഭവം ഇതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ആപേക്ഷികമായിട്ട് അതുകൊണ്ട് നമ്മൾ പറയുന്നു അത് ക്ഷണികമായതുകൊണ്ട് അത് അസത്യമാണ് ഇത് സ്ഥായി ആയതുകൊണ്ട് ഇത് സത്യമാണ് ഇങ്ങനെ ധരിക്കുന്നു ഇവിടെ സത്യമൊന്നും മിഥ്യെന്ന് പറയുന്ന ഭേദമാണ് പരമാർത്ഥം മനസ്സിലാക്കണമെങ്കിൽ സത്യം മാത്രമേ മറിച്ചാണെങ്കിലും മിഥ്യുണ്ട് അതാണ് അടുത്ത് പറയുന്നത് സർവഞ്ച നാമരൂപാതി സദാത്മന ഏവ സത്യം നാമരൂപാധിയെ തന്നെ മിഥ്യെന്നും പറയും സത്യമെന്നും പറയും അതിന് വൈരുദ്ധ്യല്ല ഇവിടെ പറയുന്നു സർവഞ്ച നാമരൂപാതി ആ നാമരൂപങ്ങൾ സർവ്വതും ഈ കാണുന്നതല്ല സദാത്മന ഏവ സത്യം സദാത്മന മാത്രമാണ് അത് സത്യമായിരിക്കുന്നത് അതിൻ്റെ വാസ്തവ സ്വരൂപത്തിൽ അത് സത്യമാണ് ജാഗ്രത സ്വപ്നവും സുഷക്തിയും എല്ലാം പരമാർത്ഥ രൂപത്തിലെല്ലാം സത്യമാണ് പരമാർത്ഥ രൂപത്തിൽ മാത്രം എന്ന് എടുത്തു പറയും വികാരജാതം സർവ നമുക്ക് സത്യം പറയാം സദാത്മന പക്ഷെ നേരത്തെ പറഞ്ഞല്ലോ വാചാരംഭണം വികാരവും നമധേയം മൃത്തികെ തീവസത്യം മൃത്തിക സത്യമാണോ നാമരൂപങ്ങൾ അസത്യം എന്ന് പറഞ്ഞല്ലോ അതങ്ങനെ അത് പറയുന്നു സ്വതസ്തു അനുദമേവാ നാമരൂപാദികളുടെ നിലയിൽ നോക്കിയാൽ അത് അനൃത്ഥമാണോ ഇത് ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യമാണ് നാമരൂപാധികൾ സത്യമാണ് സത് സ്വരൂപത്തിൽ അതേ നാമരൂപാധികൾ സ്വരൂപത്തിൽ അന്നതമാണ് അപ്പൊ ഇത് തെറ്റിദ്ധാരണയുണ്ടാ അദ്വൈതത്തിൽ ഏതാനാണോ പ്രാധാന്യം നമുക്ക് വളരെ ലളിതമായി മനസ്സിലാക്കാം പ്രാധാന്യം സത്തിന് തന്നെയാണ് ഇവിടെ പറയുന്ന അന്നദത്തിനല്ല പ്രാധാന്യം സത്തിനാണ് പ്രാധാന്യം അന്നദത്തിനല്ല പ്രാധാന്യം വരുന്നില്ല കാരണം പരമാവധി സത്ത് ഒന്നേ ഉള്ളൂ രണ്ടാമതൊന്നുമില്ല അതുകൊണ്ടതിന് പ്രാധാന്യമില്ല സാധാരണ നമ്മൾ പറയും ഞാനീ ഈ കാണുന്ന രാ നാമരൂപങ്ങളെല്ലാം അസത്തായി കാണുന്നു അങ്ങനെ സാധാരണ പറയാറുണ്ട് ഇനി വേറെ പറയാറുണ്ട് ഞാനീ ഇതിനെല്ലാം സത്തായി കാണുന്നു അങ്ങനെയും പറയാറുണ്ട് ഞാനും അതാണ് ഇതിനെല്ലാം സത്തായി കാണുക അതാണ് ഞാൻ അതോ മ തിരിച്ചു പറയുന്നതാണോ ഇതിനെല്ലാം അനുരുദ്ധമായി കാണുന്നതാണോ ഞാൻ കാരണം നമ്മൾ പറയുന്നത് ബ്രഹ്മസത്യം ജഗന്മിത്യ അത് നമ്മൾ ധരിക്കുന്ന എന്താണ് ബ്രഹ്മത്തെ സത്യമായിട്ടും ജഗത്തിനെ മിഥ്യയായും കാണണം എന്നർത്ഥമാണ് നമ്മുടെ മനസ്സിൽ തോന്നുന്നത് ഞാൻ എങ്ങനെ ഞാനിവിടെ ബ്രഹ്മത്തെ സത്യമായി കാണുന്നു പ്രപഞ്ചത്തിന് മിഥ്യയായി കാണുന്നു ഇത് പറയുന്ന ഘട്ടത്തു നിന്നും ഞാൻ എനിക്ക് രണ്ടനുഭവമുണ്ട് ഒന്ന് പ്രപഞ്ചത്തെ സത്യമായി കാണുന്ന അനുഭവം മറ്റൊന്ന് ബ്രഹ്മത്തെ സത്യമായി കാണുന്ന അനുഭവം പ്രപഞ്ചത്തെ മിഥ്യയായി കാണുന്ന അനുഭവം അങ്ങനെ രണ്ടനുഭവം ഉണ്ടെന്ന് തോന്നുന്നു ഇത് പറഞ്ഞ് വിശദീകരിച്ചു വരുമ്പോൾ സത്യത്തിനല്ല പ്രാധാന്യം മിഥ്യയ്ക്കാണ് പ്രാധാന്യം വരുന്നത് ഇത്രയും കൂടുതൽ എന്താ മിഥ്യയെ വർണ്ണിക്കാൻ മിഥ്യയെക്കുറിച്ച് ചർച്ച ചെയ്യുക മിഥ്യ എന്ന് പറയുന്ന എന്തോ ഒന്നിനെ കണ്ടുകൊണ്ട് ചർച്ച ചെയ്യുന്നത് പോലെ അതുകൊണ്ട് അദ്വൈതികളോട് സാറിന് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് അദ്വൈതികളും വിഷ്ടാദ്വീകളും ത്രയും വലിയ പ്രാധാന്യം കൊടുത്തൊരു മിഥ്യയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് എന്താ ഈ മിഥ്യ ഇത് ഉള്ളതാണോ ഇല്ലാത്തതാണോ ഇങ്ങനെ പറയുന്നത് മിഥ്യൂർണോ രണ്ടു പറഞ്ഞാലും ദോഷമോ അദ്വൈതത്തിനും ദോഷമില്ല ആ മിഥ്യ ഉള്ളതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മവുമുണ്ട് മിഥ്യയുമുണ്ട് രണ്ടായി അദ്വൈതമില്ല ഏകമേവാദ്ദീയം അത് ശരിയാകാത്തോ അത് പറയുന്നു അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറയണം ആ അങ്ങനെ ഒരു മിഥ്യേ ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ പറയുന്നത് ആ മിഥ്യ അങ്ങനെ ഒന്നില്ലെന്നാണ് പിന്നെ ജഗത് മിഥ്യോന്നുപോയി നിങ്ങളുടെ ഭാഗം അസംബന്ധമായി മിഥ്യയില്ലെന്ന് തോന്നുന്നു പിന്നെ മിഥ്യയെക്കുറിച്ച് എന്ത് പറയുന്നു മിഥ്യാ മിഥ്യ പിന്നെ എന്തിനാണ് പറയുന്നു ഇങ്ങനെ സാറിന് ചോദിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പ്രാധാന്യം വരുന്നത് സത്യത്തിൻ്റെ പ്രാധാന്യം മിഥ്യയ്ക്ക് കൊടുക്കുന്നുകൊണ്ടാണ് സത്യത്തിന് കൊടുക്കുന്ന അതേ പ്രാധാന്യം തന്നെ മിഥ്യക്കും കൊടുത്ത് ചർച്ച ചെയ്യും ഞാനിതെല്ലാം മിഥ്യയായി കാണുന്നു എന്നെല്ലാം പറമ്പില്ലാത്ത പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ അതിന്റെ കഴമ്പ് എന്താണെന്ന് മനസ്സിലാക്കാതെ പറയുന്നതാണ് പക്ഷെ അങ്ങനെ പറയാറുണ്ട് പ്രകടന ഗ്രന്ഥങ്ങളിലൊക്കെ പറയും ഇതിങ്ങനെ ഞാനിക്ക് മരുമരുചിക പോലെ ഇത് പ്രതീതമാകുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ താല്പര്യം പ്രിയത്തില്ല സത്യം ഉണ്ട് എന്ന് ധരിക്കുന്നത് പോലെ ധരിക്കുന്നു അങ്ങനെ ഒരു മിഥ്യയെ കാണുന്നു ഞാന് എന്നൊക്കെ തിരിക്കുന്നു എല്ലാ സംബന്ധമാണ് നിങ്ങൾ രണ്ടുണ്ടെങ്കിൽ സത്യമായ ബ്രഹ്മവും മിഥ്യയായ പ്രപഞ്ചവും നിൽക്കുകയാണെങ്കിൽ ഇവിടെ ദുരിതമായി മിഥ്യ എന്ന് പറയുന്നവര് ശബ്ദം പ്രയോഗിക്കുന്നേ ഉള്ളൂ അതുകൊണ്ട് അദ്വൈതത്തിൽ സത്യമിഥ്യകളെ തിരിക്കുന്ന എങ്ങനെ മിഥ്യ ഉണ്ടെന്നുള്ള അർത്ഥത്തിലല്ല സത്യമായ ബ്രഹ്മത്തെപ്പോലെ മിഥ്യയായ ജഗത്വമുണ്ട് എന്നുള്ള അർത്ഥത്തിലല്ലോ മിഥ്യയെ സംബന്ധിച്ചുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല മിഥ്യയെ സംബന്ധിച്ച് ഇല്ലെന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ മിഥ്യയെ സംബന്ധിച്ച് പ്രതീതി മാത്രം കേവല പ്രതീതി മാത്രം അതിന് പ്രാതീതിക സത്യം അതുണ്ട് പ്രതീതി എന്നുവെച്ചാൽ അനുഭവത്തിലുണ്ട് അനുഭവത്തെ നിഷേധിക്കുന്നില്ല അത്ര മാത്രം അവിടെ തത്വജ്ഞന്റെ അനുഭവം ആ ജഗത്ത് മിച്ചയായി നിലനിൽക്കുന്നു എന്നല്ല മറിച്ച് എന്താണ് ഇത് സത്യത്തിലെ അനുഭവമായിട്ടാണ് സത്യത്തിലെ പ്രതീതിയായിട്ടാണ് സത്യത്തിലെ പ്രതീതിയെ മിഥ്യയാക്കാൻ പറ്റത്തില്ല സത്യത്തിലെ അനുഭവപ്പെടുന്നതല്ല സത്യം അതുകൊണ്ട് ഞാൻ എനിക്ക് പ്രപഞ്ചസത്താണ് പറഞ്ഞത് സദാത്മന സത്യത്വഭ്യുമാ സദാത്മന ഇതിനെ സ്വീകരിച്ചിരിക്കുന്നു ഞാനീടെ അനുഭവത്തിൽ പ്രപഞ്ചസത്ത് തന്നെ വ്യവഹാരസത്ത് തന്നെ സത്യം തന്നെ എനിക്ക് ഇങ്ങനൊരു പ്രതീതി ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല ശിഷ്യൻ ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല ശാസ്ത്രമില്ലെന്ന് പറയാൻ പറ്റില്ല വേദമില്ലെന്ന് പറയാൻ പറ്റത്തില്ല ഇവിടെ പറഞ്ഞല്ലോ ഇഹരോ ഇഹലോക പരലോകങ്ങൾ അതിനെ നിഷേധിക്കാൻ വയ്യ എങ്ങനെ സദാത്മന സത്യത്വാഭ്യമാ സദാത്മന സത് സ്വരൂപത്തിൽ ഇത് സർവ്യമാണ് പിന്നെ മിഥ്യ എന്ന് പറയുന്നതിനെന്താ അർത്ഥം മിഥ്യയ്ക്ക് പിന്നെന്താ പറയുന്നത് മരുമരീചിക കാണുന്ന ഒരാൾക്ക് അതിന്റെ സത്യം മനസ്സിലാക്കുന്ന ഒരാളിനെ അവിടെ എന്താ ഉള്ളത് കേവലം പ്രകാശം മാത്രം അല്ല പറയൂ അവിടെ മിഥ്യയായ ജലമുണ്ടെന്ന് അങ്ങനെ പറയാൻ കഴിയും കേതാ ജലം മിഥ്യായ ജലം ഒരു മിരീചികയിൽ ജലം ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല രജ് സർപ്പത്തിന്റെ തത്വം ബോധിക്കുന്നയാളിന് ഇവിടെ മിഥ്യയായ സർപ്പമുണ്ടെന്ന് പറയാൻ കഴിയും പറയാൻ കഴിയുന്നില്ലല്ലോ അപ്പൊ മിഥ്യയുടെ അസ്തിത്വം അങ്ങനെ ഒന്നല്ല മിഥ്യെന്നുള്ള ഉദ്ദേശിക്കുന്നു നാം ഒരു വിംഗള എന്ന് പറയുമ്പോൾ നാമരൂപങ്ങളുടെ കേവലം പ്രതീതി മാത്രം അത് തത്വജ്ഞാനി അംഗീകരിക്കുന്നു കേവല പ്രതീതി അതും മരുമ രീതിക്ക് കാണുന്ന സത്യം ബോധിച്ചതിന് ശേഷം ജലം പ്രതീതമാകുന്നു എന്ന് പറയാൻ പറ്റത്തില്ല ഞാൻ വീണ്ടും ജലത്തെ കാണുന്നു കാരണം കാണുന്നത് ജലമല്ലാന്ന് ബോധ്യം വന്നു അപ്പം ഞാൻ ജലത്തെ കാണുന്നു ജലം എനിക്ക് പ്രതീതമാകുന്നു സത്യം മനസ്സിലാകുന്നു പിന്നെന്താ പറയുന്നത് ഇവിടെ പ്രകാശമാണ് പക്ഷെ ആ പ്രകാശം ജലം പോലെ പ്രതീതമാകുന്നു അങ്ങനെ പറയും സത്യമല്ല സത്യം പോലെ പ്രതീതമാകുന്നു അപ്പൊ മിഥ്യയുടെ അർത്ഥം അതാണ് സത്യം പോലെ പ്രതീതമാകുന്നത് ജഗത്ത് സത്യം പോലെ പ്രതീതമാകുന്നു സത്യമല്ല സത്യമെന്താണെന്നറിയാം എന്താണ് സത്യം പോലെ പ്രതീതമാകുന്നത് സത്യത്തിൽ പ്രതീതമാകുന്നുണ്ട് ബോധത്തിൽ സ്ഫുരിക്കുന്നത് അറിവിൽ സ്ഫുരിക്കുന്നത് അറിവ് പോലെ സ്ഫുരിക്കും അല്ലേ വെളിച്ചത്തിലാണ് പുസ്തകത്തെ കാണുന്നത് പ്രസ്തവം വെളിച്ചമാണ് പക്ഷെ വെളിച്ചത്തെ മാറ്റി പുസ്തകത്തെ കാണാൻ പറ്റത്തില്ല വെളിച്ചത്തിലൂടെ പുസ്തകത്തെ കാണുമ്പോൾ ആ വെളിച്ചത്തോടു കൂടിയ അനുഗ്രഹിക്കാൻ പറ്റും വെളിച്ചത്തിന്റെ സ്വഭാവമാണത് ഏതിനെ പ്രകാശിപ്പിക്കുന്നു ആ വസ്തുവായിട്ടൊന്ന് അത് പ്രകാശിപ്പിക്കുന്നു നമുക്ക് കാണണം വെളിച്ചത്തെ മാറ്റണം പുസ്തകത്തെ മാറ്റണം അത് സാധ്യമല്ല ഒരു സമർത്ഥനം പുസ്തകത്തിൽ നിന്ന് വെളിച്ചത്തെ മാറ്റിയിട്ട് പുസ്തകത്തെ കണ്ണുകൊണ്ട് കാണുക സാധ്യമല്ല വെളിച്ചത്തിന്റെ സ്വഭാവമാണ് വാസ്തവത്തിൻ്റെ പുസ്തകത്തെ നമ്മൾ കാണുമ്പോ ആ പുസ്തകത്തിനില്ലാത്ത വെളിച്ചമായിട്ട് പുസ്തകത്തെ കാണും അതൊരു വെളിച്ചമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത് നിരലായിട്ട് അനുഭവപ്പെടുക ഇല്ല എന്നാ പുസ്തകമില്ല അവിടെ നമുക്ക് വേർപിരിക്കാൻ പറ്റൂ ഇത് വെളിച്ചം ഇത് പുസ്തകം അങ്ങനെ വേർപിരിച്ച പുസ്തകത്തിന്റെ കാഴ്ചയില്ല എന്താ അങ്ങനെ സംഭവിക്കുന്നത് വസ്തു സ്വഭാവം എന്ത് വസ്തുവിൻ്റെ സ്വഭാവം പ്രകാശത്തിന്റെ സ്വഭാവം ഒരു വസ്തുവിനെ അത് വെളിപ്പെടുത്തുമ്പോൾ അതായി മാറി അതിനെ വെളിപ്പെടുത്തുന്നു അതെന്ന് വേർപിരിക്കാൻ പ്രകാശത്തിന്റെ സ്വഭാവം ചിത്തെന്ന് പറയുന്നതും പ്രകാശമാണ് ഈ പ്രകാശം നമ്മൾ പറയും ജടപ്രകാശം ചിത്തന്നൂരിൽ നിന്ന് ബോധപ്രകാശം ആ ബോധപ്രകാശത്തിൽ ഇത് പ്രതീതമാകുമ്പോൾ നാം ഒരു ഉപാത്മകമായ പ്രപഞ്ചം ശരീരം ഉൾപ്പെടെയുള്ള പ്രപഞ്ചം പ്രതീതമാകുമ്പോൾ അതെന്ന് വേറിട്ട് ഇത് ചിത്ത് ഇത് ജഡം എന്ന് വേർതിരിച്ച് പ്രകാശിക്കില്ല ഇത് സത്യം ഇത് മിഥ്യ അങ്ങനെ രണ്ടായിട്ട് പ്രകാശിക്കത്തില്ല രണ്ടായിട്ട് പ്രകാശിപ്പിക്കാൻ പറ്റത്തില്ല അതിനോട് താതാത്മ്യമായിട്ട് പ്രകാശിക്കുന്നു ചിത്തിനോട് താതാത്മ്യമായി നാമരൂപങ്ങൾ പ്രകാശിക്കുന്നു ചിത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിയാതെ നാമരൂപങ്ങൾ പ്രകാശിക്കുന്നു വേർതിരിക്കാൻ കഴിയില്ലെങ്കിൽ ചിത്തിനോട് അഭിന്നമായാണ് ഇതെല്ലാം പ്രകാശിക്കുന്നതെങ്കിൽ ഈ നാമരൂപങ്ങളെല്ലാം ചിതാത്മന സത്യം അതാണ് നേരിട്ട് പറഞ്ഞത് സദാത്മന സത്യം അപ്പോ തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം അനർഥം എന്ന് പറഞ്ഞ് വേർതിരിക്കാനൊന്നില്ല നമ്മൾ ധരിക്കുന്നതുപോലെ സത്യമാണ് അപ്പോ വരും മരീചിക പോലെ കാണുന്നു ആകാശ നീലമ പോലെ കാണുന്നു എന്നെല്ലാം പറയുമ്പോ അതിന്റെ താല്പര്യം ഇതാണ് സത്തിൽ രണ്ടാമതൊരു മിഥ്യയെ കാണുന്നു എന്നുള്ളതല്ല അങ്ങനെ രണ്ട് കാഴ്ചയില്ല രണ്ടു കാഴ്ച ഉണ്ടെങ്കിൽ ദ്വൈതമായി അദ്വൈതമല്ല അദ്വൈത അനുഭവം ഉണ്ടാവും എന്നാൽ പിന്നെ അൻറെ തോന്നുന്ന എന്തുകൊണ്ട് പറയുന്നു സ്വതസ്തുമാണ് ഇതിനെ ആരാണോ അങ്ങനെ കാണാത്തത് അങ്ങനെ കാണാത്ത ആരാണോ അജ്ഞന്റെ അനുഭവത്തെ കുറിച്ചാണ് പറയുന്നത് ഞാനടുത്തോ അജ്ഞനങ്ങനെ അജ്ഞനതിനെ സത്യമായിട്ടല്ലേ കാണുന്നു അജ്ഞൻ ഈ പുസ്തകത്തെ കാണുമ്പോൾ ഇത് പുസ്തകമാണ് ഇതിൽ പ്രകാശമുണ്ട് പ്രകാശം പുസ്തകത്തിൽ പ്രകാശിപ്പിക്കുന്നു പുറമേ ഉണ്ട് പ്രകാശം ഉള്ളിൽ ചക്ഷിണേന്ദ്രിയത്തിനുമുണ്ട് പ്രകാശം ഈ പ്രകാശങ്ങളെല്ലാം കൂടിച്ചേരുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ ചിന്തിക്കാറുണ്ടോ അജ്ഞനെ സംബന്ധിച്ചിടത്തോളം വിവേകശൂന്യം അവനൊന്നും ചിന്തിക്കാറില്ല പുസ്തകം കാണുന്നു അവിടെ പുസ്തകമുണ്ട് പ്രകാശമുണ്ട് ഈ വിഷയങ്ങളെക്കുറിച്ച് ഒന്നും ചിന്തിക്കാറില്ല ഇതിന് പ്രപഞ്ചത്തിൻ്റെ അനുഭവമുണ്ട് ഇത് ചിത്താണ് ഈ പ്രകാശ പ്രപഞ്ചത്തെ പ്രകാശിപ്പിക്കുന്നത് ചിത്ത് സത്യമാണ് അതുതന്നെയാണ് സത്തായിരിക്കുന്നത് പ്രപഞ്ചമെന്ന് പറയുന്നത് പ്രതീതിയാണ് ഇത്തരം വിഷയങ്ങളെന്തും ചിന്തിക്കാറേ അവനെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചം എന്താണ് സത്യന്തൻ ഒരേ ഒരു സത്യത്തിൻ്റെ അനുഭവ പ്രപഞ്ചസത്യം സത്യം എന്താണ് അസത്യം എന്താണെന്നുള്ള വിവേകം കൂടാതെ അവൻ സത്യമായി സ്വീകരിച്ചിരിക്കും പ്രപഞ്ചത്തിൽ അപ്പൊ അജ്ഞനെ സംബന്ധിച്ചിവിടെ എവിടെ അനുദം ഞാനെ സംബന്ധിച്ചും അനുരാതമില്ല എന്ന് മനസ്സിലായി അജ്ഞനെ സംബന്ധിച്ചും പ്രപഞ്ചം അനുഭവമല്ല അതിനെ സത്യമായി തന്നെ അനുസരിച്ചു പിന്നെ അവനെ സംബന്ധിച്ചത് പരമാർത്ഥ സത്യമാണ് എന്നറിയുന്നില്ല തത്വജ്ഞാനിയുടെ സത്യദൃഷ്ടി അവനില്ല പക്ഷെ അവനും സത്യമാണ് കാണുന്നത് അവൻ അങ്ങനെ ഒരു അനുഭവമില്ല എന്താണോ ഈ പ്രതീതി സത്യത്തിലാണ് അവനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതീതിയാണ് സത്യം സത്യത്തിലുള്ള പ്രതീതിയല്ല പ്രതീതിയാണ് സത്യം പിന്നെ അനർത്ഥം എന്ന് പറയുന്ന ആര് ആരെ സംബന്ധിച്ച് ഇത് സ്വതേയ അന്നതമാണെന്ന് പറയുന്നു സത്യവും മിഥ്യയും വേർതിരിക്കുന്നവനെ സംബന്ധിച്ച് വേർതിരിക്കാതെ ശ്രമിക്കുന്നവനെ സംബന്ധിച്ച് യുക്തിയിലാണ് അന്നടം എന്ന് പറയുന്നത് അനുഭവത്തിൽ സത്യമേ ഉള്ളൂ യുക്തിയിൽ അന്നതമുണ്ട് പ്രപഞ്ചം മിഥ്യയാണ് എന്ന് പറയുന്നത് യുക്തിയിലാണ് യുക്തിയിൽ മിഥ്യയായവര് പ്രപഞ്ചത്തെ അംഗീകരിക്കേണ്ടി വരുന്നു എന്തുകൊണ്ട് സത്തിന്റെ ലക്ഷണം അസത്തിന്റെ ലക്ഷണം ഇതെല്ലാം വെച്ച് പരിശോധിക്കുന്നു ലക്ഷണ പ്രമാണങ്ങളിലൂടെ പ്രപഞ്ചത്തെ പരിശോധിക്കും മൂന്നു കാലത്തിലും അബാധിതമായിരിക്കുന്ന സത്യം ഇത് അവസ്ഥകളിൽ കാലത്തിലെല്ലാം ബാധിച്ചു പോകുന്നു അതുകൊണ്ടത് മിഥ്യയാണ് ഇങ്ങനെയുള്ള യുക്തിയിലൂടെ നിർവചനങ്ങളിലൂടെ തീരുമാനിക്കണം അതിൽ നമ്മൾ പറയുന്ന ആത്മാനാത്മവിവേകം എന്നെല്ലാം പറയും അങ്ങനെയുള്ള വിവേകത്തിലൂടെ തീരുമാനിക്കുന്നു ഇതിനാധാരമായിരിക്കുന്നത് സത്യം കാണപ്പെടുന്നതല്ല നാമരൂപാത്മകമായി ശബ്ദസ്പർശ രൂപരസാത്മകമായി അനുഭവപ്പെടുന്നതെല്ലാം മിഥ്യ അങ്ങനെ സത്യത്തെയും മിഥ്യയേയും ഉപേർത്തിരിക്കുന്നു അത് യുക്തിയാണ് അവിടെയാണ് അനർഥം എന്ന് പറയുന്നത് അവിടെ പ്രപഞ്ചത്തിന്റെ അനിതത്വത്തെ അംഗീകരിക്കുന്നു എന്തുകൊണ്ടവിടെ അങ്ങനെ ചെയ്യേണ്ടി കാരണം യുക്തി ആരാ പ്രയോഗിക്കുന്നത് അജ്ഞൻ പ്രപഞ്ചത്തെ സത്യമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അവന് പ്രപഞ്ച സത്യത്തെക്കുറിച്ചുള്ള ജിജ്ഞാസുണ്ടാകും ജിജ്ഞാസ ഉണ്ടാകുമ്പോൾ അവൻ ചിന്തിക്കുന്നു ചിന്തിക്കുമ്പോൾ അവൻ പ്രമാണത്തെ അന്വേഷിക്കുന്നു യുക്തിയെ സ്വീകരിക്കുന്നു അനുഭവങ്ങളെ പരിശോധിക്കുന്നു ജാഗ്രത സ്വപ്ന സുഷുത്തി അനുഭവങ്ങൾ എന്നിട്ട് അവനൊരു ൗദ്ധികമായ നിർണയത്തിലെത്തുന്നു എന്താണ് ഇത് അല്ലതമാണ് ഇത് നിലനിൽക്കാൻ വഴിയില്ല മൂന്നു കാലത്തിലും ഇല്ലാത്ത നിലനിൽക്കത്തില്ല ഇതൊക്കെ ബുദ്ധിയുടെ സംീതിയാണ് ബുദ്ധിയുടെ അംഗീകാരമാണ് നിഗമനങ്ങളാണ് നിഗമനങ്ങളൊന്നും പരമാർത്ഥമല്ല ബുദ്ധിയുടെ അംഗീകാരം എന്ന് പറയുന്നത് ബുദ്ധിയെ ആശ്രയിച്ചിരിക്കുന്നതാണ് പ്രപഞ്ചത്തെ അനുഭവത്തിൽ സത്യമായി ഗ്രഹിക്കാമെങ്കിൽ യുക്തി കൊണ്ട് മിഥ്യയായിട്ടും ഗ്രഹിക്കാം അപ്പൊ സ്വതസ്തു എന്നുവെച്ചാൽ സ്വതേ സത്യമായി അനുഭവപ്പെടുന്ന ഈ നാമരൂപങ്ങൾ അണ്ടത്തമാണോ യുക്തിയിലൂടെ പരിശോധിക്കുമ്പോൾ അത് അത് പരമാർത്ഥമായി കൂടെ അന്നദം എന്ന് പറഞ്ഞാൽ പരമാർത്ഥം അല്ലാത്തതിനാ പറയുന്നത് പരമാർത്ഥം ഒരിക്കലും അന്നതമാകത്തില്ല പരമാർത്ഥത്തിൽ അന്നതം പ്രതീതമാകും അതാണ് തത്വജ്ഞന്റെ അനുഭവം പരമാർത്ഥ പ്രതീതി പ്രതീതമാകുന്നതോ തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം മിഥ്യയായ ഒന്നുമില്ല രണ്ടാമത് മിഥ്യായ ഒരു സംഭവം ഇവിടെ ഇല്ല എന്തുകൊണ്ട് സദാത്മന തത്വജ്ഞന്റെ അനുഭവം എന്താണ് സത്യന്റെ അനുഭവം മിഥ്യയുടെ അനുഭവം അല്ല അതുകൊണ്ട് തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം സദാത്മന സത്യത്വം ഇതെല്ലാം സദാത്മന സത്യമാണ് അതാണ് വാസുദേവ സർവം സർവം വാസുദേവനാണ് എന്ന് പറയുന്നു ജാതം അനുദം എന്ന് പറയുന്നത് ഇവിടെ സദാത്മന സത്യം എന്ന് പറയുന്നത് ഏത് നിലയിൽ പറയുന്നു അത് രണ്ടും മനസ്സിലാക്കണം അല്ലെങ്കിൽ നമ്മൾ ധരിക്കും ഇവിടെ സത്യമായ ബ്രഹ്മവും മിഥ്യയായ പ്രപഞ്ചവും നിലനിൽക്കുന്നു ധരിക്കും അശുദ്ധാ സംബന്ധമാണ് ഈ ചോദ്യം വരും എന്താണോ നിങ്ങൾ പറയുന്നത് മിഥ്യ ഉള്ളതാണോ ഇല്ലാത്തതാണോ അദ്വൈതഹാനി ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ അപസിദ്ധാന്തം ശാസ്ത്രീയമായി പറയുന്ന വാദഗ്രന്ഥങ്ങളൊക്കെ പറയുന്ന തർക്കമാണ് അത് ഞാൻ വളരെ ലളിതമായി പറയുന്നത് അത് രണ്ടും തത്വദൃഷ്ടിയിൽ മനസ്സിലാകണമെന്ന് പറയുന്ന അതാണ് സദാത്മനാസത്യത്വം എന്ന് പറയുന്ന തത്വദൃഷ്ടി മനസ്സിൽ സത്യം മിഥ്യ എന്ന് പറയുന്നത് യൗക്തിക ദൃഷ്ടി അങ്ങനെ പറയാം പ്രപഞ്ചം അസത്യമാണെന്നുള്ളതിന് സമർത്ഥിക്കുന്നതിന് ഒത്തിരി യുക്തികളും ഒത്തിരി വാദപ്രതിവാദങ്ങളുമുണ്ട് അദ്വൈതസിദ്ധി പോലെയുള്ള ഗ്രന്ഥങ്ങളിലെല്ലാം ഇത മുഖ്യമായി സമർത്ഥിക്കുന്നു പ്രപഞ്ചം അസത്യമാണ് അല്ലെങ്കിൽ പ്രപഞ്ചം അണർവചനീയമാണ് അദ്വൈതയും ദ്വൈതയും തമ്മിലുള്ള വാഗ് യുദ്ധം അതിലെ മുഖ്യമായ വിഷയം ഇതാണ് ഭേദം സത്യമോ അസത്യമോ അദ്വൈതികളെ സംബന്ധിച്ചിടത്തോളം ഭേദസിദ്ധി അവർ ഭേദത്തെ സിദ്ധിക്കുന്നു ഭേദം സത്യമാണോ ഏത് ശ്രുതിവാക്യത്തെയും ഭേദസിദ്ധിക്ക് വേണ്ടി ഉപയോഗിക്കും ഭേദസിദ്ധിയാണ് അവരുടെ പ്രധാന ജോലി അദ്വൈതിയാണെങ്കിലോ ഭേദാസിദ്ധി അദ്വൈതി പറയുന്നത് ഭേദസിദ്ധിക്കുന്നില്ല ഇതൊരു വലിയ യുദ്ധമാണ് ഒന്നാം ലോക മഹായുദ്ധം രണ്ടാം ലോക മഹായുദ്ധം എന്നൊക്കെ പറയുന്നതിനും വലിയ യുദ്ധം പക്ഷേ ഈ സർവ്വയുദ്ധങ്ങൾ എവിടെയാ യുക്തിയുടെ തലത്തിൽ യുക്തിയുടെ തലത്തിൽ ഈ യുദ്ധത്തിന് എന്നാൽ കൊണ്ടുവന്നു വെച്ചാൽ ഇതൊരിക്കലും അവസാനിക്കട്ടെ യുക്തിയിലൂടെ ഭേദത്തെ ശ്രദ്ധിച്ചാൽ അതിലൂടെ അഭേദത്തെ ശ്രദ്ധിച്ചു അതിങ്ങനെ തുടർന്നു ശങ്കരാചാര്യർ ഇത്രയും വലിയ യുക്തിവാദങ്ങളൊക്കെ ഉപയോഗിച്ച് ഇതിനെ സമർത്ഥിച്ചിട്ടും അഭേദത്തെ സമർത്ഥിച്ചിട്ടും പിന്നീട് വന്ന് എത്രയോ പേർ അതിനെ നിഷേധിച്ചു അവരുടെ യുക്തികൾ കൊണ്ട് ഭണ്ണിച്ചു ഇത് അവസാന അതുകൊണ്ട് മിഥ്യാർത്ഥത്തെ യുക്തിയിലൂടെ സമർത്ഥിക്കുക ക്ലേശകരമാണ് മുന്നോൺ ഭാഷകാരൻ സർവത്രെ സ്വല്യ പ്രമാണമായി സ്വീകരിക്കും അനുഭവത്തെ സ്വീകരിക്കും അനുഭവത്തിൽ ബോധ്യപ്പെടുന്ന കാര്യം യുക്തിയിലൂടെ പ്രമാണത്തിലൂടെ ബോധിക്കുന്ന കാര്യം മറ്റൊരാളെ ബോധ്യപ്പെടുത്താൻ പറ്റും അത് കഴിയും യുക്തിയിലൂടെ നമുക്ക് സമർത്ഥിക്കുന്ന കാര്യം വേറെ ആകും പിടി കിട്ടും ഇപ്പോൾ നമ്മുടെ യുക്തി അയാൾക്ക് സ്വായത്തമാകുമോ ആ ശരിയായാലും അംഗീകരിക്കും നിങ്ങൾ പറഞ്ഞ ശരിയാണ് എന്റെ യുക്തി അയാളുടെ കയ്യിൽ പോയാൽ എന്റെ നിഗമനവും അയാളുടെ കയ്യിൽ നിന്നും ശരിയെന്ന് പറയും അനുഭവം അങ്ങനെയല്ല അത് പകരാൻ പറ്റത്തില്ല ഒരു ഗുരുവിന് ഡിസിഷന് പകർത്തി കൊടുക്കാൻ ഒക്കെ ഇവിടെ പറയുന്ന സദാനുഭവം മറ്റ് പല അനുഭവങ്ങളും പകർത്താൻ പറ്റും പക്ഷെ സദനുഭവം പകർത്താനൊക്കത്തില്ല ഒരാൾക്ക് വേറൊരാൾക്ക് അതിന് ക്രിയ കാരകം തുടങ്ങിയ സംഗതികളൊന്നും വന്നു ഒരു ഗുരു ശിഷ്യനെ തൊട്ടപ്പോ ശിഷ്യനെ ഷോക്കടിച്ചെന്ന് പറഞ്ഞു അത് സംഭവിക്കും നിഷേധിക്കാൻ പറ്റില്ല പ്രാണശക്തിയുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും അന്ന് സദനുഭവ അത് പകർത്താൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഗുരുവിൽ നിന്ന് ശിഷ്യന് പകർന്നു കിട്ടുന്നത് ഈ അനർഥമാണ് മിഥ്യാവാദം സത് അനുഭവം ഇല്ല അതുകൊണ്ട് ശിഷ്യൻ എന്ത് ചെയ്യുന്നു സദനുഭവത്തിനേക്കാളും പ്രാധാന്യം മിഥ്യാവാദത്തിനോടും ശങ്കരാചാര്യനെ കുറിച്ചും പറയും മായാവാദി മിഥ്യാവാദി വാസവതി ശങ്കരാചാര്യൊരു ബ്രഹ്മവാദിയാണ് ആത്മവാദിയാണ് പക്ഷെ അധിക്ഷേപിക്കുന്നതാണ് എന്താണ് മായാവാദിയാണ് മിഥ്യാവാദിയാണ് മായാവാദമാണെങ്കിൽ മിഥ്യാവാദം എന്ന് പറയുന്നത് നല്ല ഇവിടെ പ്രാധാന്യം ഇവിടെ പ്രാധാന്യം സദനുഭവമാണ് അതുകൊണ്ട് പറയുന്നത് സദാത്മന സത്യത്വഭ്യോമാ സത് രൂപത്തിൽ ഇതെല്ലാം നിങ്ങളുടെ അജ്ഞാനം അത് അംഗീകരിക്കാൻ തയ്യാറുണ്ട് ഇത് സത്യമാണ് സദാത്മനാ സത്യമാണെന്നല്ലോ മറിച്ച് പ്രപഞ്ചം എങ്ങനെ എനിക്ക് അനുഭവമാകുന്നു ഇനി ഈ രീതിയിൽ ഇതല്ല സത്യമാണ് എന്ന് പറഞ്ഞാൽ അവിടെ ആചാര്യ ശ്രമിക്കുകയാണ് യുക്തിയിലൂടെ അത് ബോധ്യപ്പെടുത്തി അനുഭവം തനിക്കല്ലേ അത് അതിലൂടെ വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് യുക്തിയിലൂടെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു യുക്തിയിലൂടെ ബോധ്യപ്പെടാൻ പറ്റും ആ യുക്തിയെ കിട്ടിക്കഴിഞ്ഞാൽ ബോധ്യപ്പെടാം ആ യുക്തിയെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിനെ നിഷേധിക്കും ദ്വൈതമോ വിശിഷ്ടാദ്വൈതമോ അതിലേക്കൊക്കെ പോവും യുക്തിക്ക് വേണ്ടിയിട്ടാണ് ദൃഷ്ടാന്തം പറയുന്നതല്ല അനുഭവത്തിന് ദൃഷ്ടാന്തമില്ല അനുഭവം യുക്തിക്ക് ദൃഷ്ടാന്തം ഉണ്ടടുത്ത് പറയുന്നത് വാചാരംഭം വികാരു നാമധേയം യുക്തിയുടെ ദൃഷ്ടാന്തം ആ ദൃഷ്ടാന്തം തന്നെ യുക്തി യുക്തിയെ ഉറപ്പിക്കുന്ന ദൃഷ്ടാന്തത്തിലൂടെയാണ് അതിന് ധാരാളം ദൃഷ്ടാന്തങ്ങൾ പറയും ഏതുമാണോ ഇവിടെ ഈ സന്ദർഭത്തിൽ പറയുന്നു ആചാരങ്ങളും വികാരവും നാമധേയം അയുക്തിയാണ് അതിലൂടെ മനസ്സിലാക്കുക ഇത് സത്താണ് പ്രപഞ്ചസത്താണ് സദാത്മന ഇതെല്ലാം സത്താണ് എന്ന അനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ പറയണം മിഥിയുടെ തരുത്തി എന്നുകൊണ്ട് പറയുമ്പോൾ പറയണം ഇതെല്ലാം മിഥ്യയാണ് അജ്ഞന്റെ ആ അജ്ഞാനാനുഭവത്തിൽ നിന്നുകൊണ്ട് അനുഭവം വിടാതെ ബോധിക്കാവുന്നത് പ്രപഞ്ച മിഥ്യാത്വമാണ് ബ്രഹ്മസത്യത്വം അതാണ് അതിൽ പ്രധാനമായൊരു വിഷയം ഒരു അജ്ഞനായിരിക്കും തനജ്ഞനായിരിക്കത് ബോധ്യപ്പെടണം ബ്രഹ്മസത്യം ജഗന് മിഥ്യ എന്നുള്ളത് ബോധ്യപ്പെടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അയാളുടെ അജ്ഞാനത്തെ സംരക്ഷിച്ചുകൊണ്ട് അയാൾക്ക് ബോധ്യപ്പെടാമെന്നുള്ളത് ബൗദ്ധികമായൊരു ബോധ്യപ്പെടില്ല അതെന്താണ് ഈ പ്രപഞ്ച മിഥ്യാത്വം കാരണം എന്നുള്ളതിന് യുക്തിയുണ്ട് ഈ പറയുന്നതൊക്കെ നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട് ആർക്കാ ബോധ്യപ്പെടാത്തത് മണ്ണാണ് സത്യം പാത്രം അതുപോലെ സത്യമല്ല ഇത് ബോധ്യപ്പെടുന്നതിന് അവൻ ജ്ഞാനിയാവേണ്ട കാര്യമൊന്നുമില്ല പ്രപഞ്ചത്തെ സംബന്ധിച്ച് ഏത് കാര്യവും ഏത് രഹസ്യവും ബോധ്യപ്പെടുന്നതിനൊരാൾക്ക് ജ്ഞാനിയൊന്നും ആവേണ്ട കാര്യം സൂര്യനെ കുറിച്ചോ ചന്ദ്രനെ കുറിച്ചോ ഒക്കെ അവിടെ ചെന്നൊന്നും കാണാതെയും പഠിക്കാതെയും ഒക്കെ ബോധമുണ്ടായ യോഗിമാരും മറ്റും അവരും ജ്ഞാനമുണ്ടായിട്ടില്ല ആത്മബോധത്തിലുണ്ട് ആത്മീയസിദ്ധിയോടുകൂടി തന്നെ അതൊക്കെ ബോധ്യമാവും പ്രപഞ്ചത്തിന്റെ നാനാത്വത്തെ ബോധ്യമാകുക പ്രപഞ്ചത്തിന്റെ മിഥ്യാത്വത്തെ ബോധ്യമാകുക അത് യുക്തിയിലൂടെ ബോധ്യമാകും പക്ഷെ പ്രപഞ്ചത്തിലെ സത്യ അനുഭവം അത് യുക്തിയിലൂടെ ബോധ്യമാകത്തില്ല ഈ ബോധ്യമാകല് അതിനെ അത് മനനത്തിലൂടെ ബോധ്യമാകുന്ന ഒന്നാണ് അത് സ്വയം വെളിപ്പെടുത്തുന്ന ഒന്നാണ് അതിന് മറ്റുള്ള എല്ലാ കാര്യങ്ങളും മറ്റ് സാധനങ്ങളെല്ലാം സഹായിക്കുന്നതുപോലെ ഈ യുക്തി വിചാരി അതുകൊണ്ട് രണ്ട് തലത്തിൽ നിന്നുകൊണ്ട് പറയാം ആത്മജ്ഞന്റെ ആത്മദൃഷ്ടിയിൽ പറയുകയാണ് പ്രപഞ്ചം സത്യമാണ് ഈ കാണുന്നതെല്ലാം സദാത്മന എല്ലാം സ്ഥിതി ചെയ്യുന്നു അല്ലെങ്കിൽ പറയാം ഈ പ്രപഞ്ചം സത്യത്തിന്റെ പ്രതീതിയാണ് സത്യത്തിന്റെ അനുഭവമാണ് സത്യത്തിലെ അനുഭവം സത്യമായിട്ടേ അനുഭവപ്പെടുത്തുള്ളൂ രണ്ടു അനുഭവം ഇവിടെ ഉണ്ടാകത്തില്ല പ്രകാശത്തെ പ്രകാശ രൂപത്തിന് അനുഭവപ്പെടാൻ പറ്റും അതിന് ഇരുളൂടെ ആയിട്ട് അനുഭവപ്പെടുക സാധ്യമല്ല അതുകൊണ്ട് ഇതിനെ സത്യമായി തന്നെ അനുഭവപ്പെടുന്നു രണ്ടില്ല സത്യമായ പ്രപഞ്ചവും നിത്യമായ അതില്ല സത്തായിട്ട് എല്ലാ സർവത്തെയും അനുഭവപ്പെടുന്നു ഞാനീ സംബന്ധിച്ച് പ്രപഞ്ചം സത്യമാണ് സത്യാനുഭവമാണ് അവിടെ അവശേഷിക്കുന്ന ഒരേ ഒരു ചോദ്യം ഈ പ്രതീതിയാണ് പ്രപഞ്ചപ്രതീതി ഭേദപ്രതീതി വ്യവഹാരപ്രതീതി അതിങ്ങനെ നിലനിൽക്കുന്നുണ്ട് അതിനാണ് മരുമരിചികളുടെ ദൃഷ്ടാന്തം പറയുന്നത് സത്യം മനസ്സിലാക്കിയവനും അത് പ്രതീതമാകുന്നു അത് മരുമരീചിയെന്ന് മാത്രമല്ല മണ്ണ് കൊണ്ട് ജലാഹരണം ജലം കൊണ്ടുവരാൻ പറ്റത്തില്ല പക്ഷെ പാത്രം കൊണ്ട് മൺപാത്രം കൊണ്ട് അത് പറ്റുന്നു രണ്ടും മുന്നിൽ വ്യത്യാസമില്ല മണ്ണുകൊണ്ട് സാധിക്കാത്ത കാര്യം പാത്രം കൊണ്ട് സാധിക്കുന്നു നിങ്ങൾ പറയുന്നു രണ്ടു ഒന്നാണോ രണ്ടു ഒന്നാണെങ്കിലും ഏതൊന്നും ഹേതുവായിട്ടാണോ ഈ വ്യവഹാരം സാധ്യമായത് മണ്ണ് കൊണ്ട് സാധിക്കാത്ത കാര്യം പാത്രം കൊണ്ട് സാധിക്കുന്നുണ്ടല്ലോ അവിടെ ആ ഒരു സത്യത്തെ അംഗീകരിക്കണ്ടേ നിങ്ങൾ പറയുന്ന പാത്രം മണ്ണ് തന്നെയാണ് പക്ഷെ മണ്ണുകൊണ്ട് സാധിക്കാത്ത കാര്യം അത് പാത്രം കൊണ്ട് സാധിക്കുന്നുണ്ടല്ലോ ഈ ഭേദത്തെ എന്താ ഉണ്ടാക്കിയത് അത് സത്യമല്ലേ അപ്പം അങ്ങനെ ഒരു സത്യത്തെ നമുക്ക് അംഗീകരിക്കേണ്ടി വരും എന്നുവെച്ചാൽ അതിന് അർത്ഥക്രിയാ കാര്യത്വം വ്യവഹാരക്ഷമത നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ രജ്ജു സർപ്പം കടിക്കുന്നില്ല ആരും മരിക്കുന്നില്ല മരുമരീജുകയുടെ ജലം ദാഹത്ത മാറ്റുന്നില്ല അതിൽ നിന്ന് വേറിട്ട് ഒരു വാസ്തവജലമുണ്ട് ഒരു വാസ്തവ സർപ്പമുണ്ട് ഇവിടെ തന്നെ എന്താണ് മണ്ണിൽ നിന്ന് വേറിട്ടൊരു പാത്രമുണ്ട് ആ പാത്രമേ ജലം കൊണ്ടുവരാൻ സഹായിക്കത്തുള്ളൂ വ്യവഹാര ക്ഷമത ഉണ്ടാക്കുന്നുള്ളൂ ഇങ്ങനൊരു ഭേദം നിലനിൽക്കുന്നുണ്ടല്ലോ സത്യം മാത്രമാണെന്ന് പറയുമ്പോഴും ഇത് കേവലം പ്രതീതിയാണെന്ന് പറയുമ്പോഴും ഈ പ്രതീതിയെ നിലനിർത്തുന്ന ഒരു ഭേദം സത്യത്തിൽ ഉണ്ടല്ലോ അതിനംഗീകരിക്കില്ലേ സത്യപ്രതീതിയിലുള്ള പ്രതീതി എന്ന് പറയുന്ന തന്നെ വ്യവഹാരമാണ് അപ്പൊ സത്യത്തിൽ വരുന്ന ഈ പ്രതീതി അല്ലെങ്കിൽ വ്യവഹാരം അതിനെ നിഷേധിക്കാൻ പറ്റില്ല ഒരു തത്വജ്ഞാനി പറയണം എനിക്ക് ശരീരമില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം തത്വജ്ഞാനിക്ക് ശരീരത്തിന്റെ പ്രതീതി ഇല്ലെന്നല്ല അങ്ങനെ തന്നെ അർത്ഥമില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ തത്വജ്ഞാനി ഇല്ലെന്നായിരുന്നു തത്വജ്ഞാനിക്ക് പറഞ്ഞുകൂടെ ഞാനും ഇല്ലെന്നതല്ല പ്രതീതിയുണ്ട് പിന്നെ പറയുന്നതിന്റെ എന്താണ് നിങ്ങൾ കാണുന്നതുപോലെ ഇതിന് സത്യത്വ ബുദ്ധി ഇല്ലെന്നേ അത്രയേ ഉള്ളൂ അതിനർത്ഥം തത്വജ്ഞാനി പറയുന്നത് ഞാൻ സംസാരിക്കുന്നില്ല ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞാൽ നീ ഈ ശരീരത്തോട് താതാത്മ്യപ്പെട്ട് സംസാരിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നത് അതുപോലെ ഉള്ളൊരു വ്യവഹാരം നിന്നും നടക്കുന്നതുപോലെ സമാനമായൊരു വ്യവഹാരം എന്നിൽ നടക്കുന്നില്ലെന്നേ ഉള്ളൂ അല്ലാതെ വ്യവഹാരത്തെ നിഷേധിക്കാൻ വ്യവഹാരത്തിൻ്റെ സത്യത്വത്തെ നിഷേധിക്കാണ് അതും നമ്മൾ ധരിക്കും ഞാൻക്ക് ശരീരമില്ല അതേത് ഞാന് പറയും ശരീരമുള്ള ഞാന് ശരീരമില്ലാത്ത ഞാൻ അപ്പം വ്യവഹരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇതെല്ലാം ഉണ്ട് അതിനെ നിഷേധിച്ചാൽ വ്യവഹാരത്തെ നിഷേധിക്കുകയാണ് പറയുന്ന അസംബന്ധം വ്യാഘാത ദോഷം വരും എനിക്ക് നാക്കില്ലെന്ന് പറയും പോലെയാണ് അങ്ങനെയുള്ള ബുദ്ധിശൂന്യത സംസാരിക്കുന്നതാണല്ലോ തത്വജ്ഞാനിന്ന് പറയുന്നത് അപ്പം ആ പറയുന്നത് തന്നെ എന്താണ് അതിനെ സമർത്ഥിക്കുകയാണ് തത്വജ്ഞാന് പറയുന്നത് എനിക്ക് നാക്കില്ല ഞാൻ സംസാരിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അത് തന്നെ അതിനെ സമർത്ഥിക്കുന്നു അവനെന്താണ് ഞാൻ നിഷേധിക്കാൻ ഉദ്ദേശിക്കുന്നത് അജ്ഞന്റെ സമാനമായ ഒരു അനുഭവമല്ല എന്നിലുള്ളത് എന്നിൽ എന്താണ് പ്രതീതമാവുന്നുണ്ട് മാത്രം അപ്പൊ പ്രതീതി എന്ന് പറഞ്ഞാൽ എന്താണോ അനുഭവത്തിന് വിഷയമാവുകയും സത്യമായി അനുഭവപ്പെടാതിരിക്കുകയും ചെയ്യുക അതാണ് പ്രതീതി മരുമരുകയും ചെയ്യുക അങ്ങനെയുണ്ട് അത് അനുഭവത്തിന് വിഷയമാവുന്നുണ്ട് പക്ഷെ സത്യമായിട്ട് അനുഭവപ്പെടുന്നുണ്ട് അത് ഞാനെ സംബന്ധിച്ച് മാത്രമല്ലേ ഉള്ളൂ ഇനി എങ്ങനെയത് അനുഭവപ്പെടും കേവലം പ്രകാശമായിട്ട് എന്നാൽ അവിടെ ജലത്തിൻ്റെ ഓളങ്ങളും തിരകളും ഒക്കെ ഇല്ലേ ഇല്ല ഒന്ന് കാണുന്നതും അതിനെയാണ് പ്രതീതി എന്ന് പറയുന്നത് അപ്പോൾ പ്രതീതി കൊണ്ട് സത്യമല്ല എന്ന് ബോധ്യപ്പെടുന്നു പക്ഷെ അവിടെ ഒരു സത്യം ഉണ്ടെന്നാണ് പ്രകാശം അതുപോലെ ചിത്പ്രകാശം ആ ചിത്പ്രകാശം അതിനെ തന്നെയാണ് സത്തെന്ന് പറയുന്നത് എന്നുള്ള അതിന് സത്യം എന്ന് പറയും ചിത്ത് സത്യം രണ്ടല്ലിത്തായി അനുഭവിക്കുക സത്തായി അനുഭവിക്കാതിരിക്കുക സത്തായി അനുഭവിക്കുക ചിത്തായി അനുഭവിക്കുക ഇരിക്കാൻ സാധ്യമല്ല അത് സത്വം ചിത്തമാണെങ്കിൽ അത് ആനന്ദവുമാണ് ഈ അനുരുത ജഡ ദുഃഖങ്ങളെല്ലാം കേവലം പ്രതീതിയായി നിൽക്കുമ്പോൾ ഈ സത് ചിത്ത് ഇത് ആനന്ദമാണ് അപ്പൊ അത് പ്രതീതി എന്ന് പറയുന്നു അപ്പം മരുമരിച്ചുകയില്ല ആ പ്രതീ ആ അനുഭവം അതും നിലനിൽക്കുന്നു സത്തില ഈ പ്രതീതി നിലനിൽക്കുന്നു അതെന്തുകൊണ്ടത് ആ പ്രതീതി എങ്ങനെ നിലനിൽക്കുന്നു രണ്ടു കൂട്ടരുണ്ടായി ഒരു ജ്ഞാനിയും ഒരു അജ്ഞാനിയും അജ്ഞാന് പ്രതീതിയെ സത്യമായി ഗ്രഹിക്കുന്നു ഞാന് സത്യത്തിൽ പ്രതീതിയെ കാണുന്നു ഈ വ്യത്യാസമൊക്കെ എന്തിനുണ്ടായി എങ്ങനെ സംഭവിച്ചു അജ്ഞനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ചോദ്യമില്ല ഞാനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ചോദ്യം ഇത് അ അഗ്നി എന്തുകൊണ്ട് ഉഷ്ണമായിരിക്കുന്നു എന്ന് ചോദിക്കും പോലെ ജലം എന്തുകൊണ്ട് ശീതമായിരിക്കുന്നു എന്ന് ചോദിക്കുമ്പോഴാണ് ബോധവാണ് ചോദിക്കത്തില്ല അവൻ എന്തൊക്കെയാണ് അതാണ് അഗ്നി എന്ന് പറയുന്നത് അത് അഗ്നിയുടെ സ്വഭാവമാണത് അഗ്നി ഉണ്ടെങ്കിൽ അതുണ്ട് അഗ്നിയുള്ളടത്തോളം കാലം അതുണ്ട് വസ്തു സ്വഭാവം അതുപോലെ ഇതും ഈ പ്രതീതി എന്ന് പറയുന്നത് സത്തിൻ്റെ സ്വഭാവമാണ് സത്തിന്റെ സ്വഭാവമാണ് ഈ പ്രതീതി ജാഗ്ര പ്രതീതി സ്വപ്നപ്രതീതി സുഷത്തി പ്രതീതി സമാധി പ്രതീതി ഇതെല്ലാം സത്തിന്റെ സ്വഭാവമാണ് അതെനിക്ക് മനസ്സിലാകുന്നില്ല മനസ്സിലാകാതെ വരുമ്പോൾ അതിന് കൊടുക്കുന്ന പേരാണ് മായ മനസ്സിലാകുമ്പോൾ അതിന് പറയുന്ന പേരാണ് സത്യജിത്താനന്ദം മനസ്സിലായവൻ ഇതിനെപ്പറയും എന്താണിത് സത്യ സത്യജിത് ആനന്ദമാണ് അവിടെ മായ മായ മാറി അജ്ഞാനം മാറി അന്ധകാരം മാറി എന്നുക്തനായി എന്ന് പറയും പക്ഷെ ഇത് മനസ്സിലാകാത്തവനോ എല്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവനോ അവനത് അജ്ഞാനമാണ് ഈ സ്വഭാവത്തെ തന്നെ വിളിക്കുന്നത് സത്തിൻ്റെ സ്വഭാവത്തെ തന്നെയാണ് മായ എന്ന് അജ്ഞനം അജ്ഞാനം എന്നും വിളിക്കുന്നു അതാണ് അതിൻ്റെ സമാധാനം തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം അവിടെ സമാധാനത്തിന്റെ ആവശ്യമില്ല കാരണം ചോദ്യം ഇല്ലോ അജ്ഞനെ സംബന്ധിച്ചിടത്തോളം ചോദ്യം ഉണ്ട് അതുകൊണ്ട് അതിന് സമാധാനമുണ്ട് ആ സമാധാനം എന്ന് പറയുന്നത് ഇത് മായയാണ് അനുദമാണ് അതുകൊണ്ട് സ്വതസ്തു അനുദമയ സ്വത്തെ എന്ന് വെച്ചാൽ ഇതിനെ ഇതായിട്ട് കാണുന്നവനെ സംബന്ധിച്ച് എന്ന് മനസ്സിലാകുന്നു പ്രപഞ്ചമായി കാണുന്നവനെ സംബന്ധിച്ച് പരിശോധിച്ചു നോക്കാൻ ഇത് അനർത്ഥമാണ് അത് ഭൗതികമായി പരിശോധിച്ചാലും ശരി യൗക്തികമായി പരിശോധിച്ചാലും ശരി അന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കും ഇവിടെ അദ്വൈതത്തിൽ പ്രപഞ്ചത്തെ പരിശോധിക്കുന്ന മുഴുവൻ യൗക്തികമായിട്ടാണ് ബുദ്ധി ഉപയോഗിച്ചുള്ള പരിശോധനയേ ഉള്ളൂ ഇവിടെ തത്വത്തെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി ചില ദൃഷ്ടാന്തങ്ങൾ സ്വീകരിക്കും എവിടെയും സ്വീകരിക്കും ആൽപക്ഷത്തിന്റെ ദൃഷ്ടാന്തം പോലെയുള്ള ചില ദൃഷ്ടാന്തങ്ങൾ സ്വീകരിക്കുമെങ്കിലും അതൊന്നും ഭൗതികമായ പരീക്ഷണങ്ങളല്ല ഈ സത്യം എന്ന് പറയുന്നത് അനുഭവ അനുഭവത്തിൽ അവസാനിക്കുന്നുണ്ട് അനുഭവത്തോടടുത്തിരിക്കുന്നതാണ് യുക്തി ഈ സത്യത്തെ അന്വേഷിക്കുന്നതിന് നമ്മുടെ ആചാര്യന്മാർ ഉപയോഗിച്ച ഉപായെന്ന് പറയുന്നത് യുക്തിയാണ് ബുദ്ധിയാണ് യുക്തിയാണ് അങ്ങനെ ഭൗതിക പരീക്ഷണമെന്ന് പറയാൻ പറ്റില്ല ഭൗതിക പരീക്ഷണമെന്ന് പറഞ്ഞാൽ ബാഹ്യമായ ബുദ്ധിയിൽ നിന്നും വേറിട്ടുള്ള ബാഹ്യമായിട്ടുള്ള ഉപായങ്ങളിലൂടെ പരിശോധിക്കുമ്പോഴാണ് ഇത് അത് ഭൗതിക അന്വേഷണമാകുന്നത് ആത്മതത്വ അന്വേഷണത്തിൽ ഭൌതിക അന്വേഷണമില്ല ഭൌതികമായഅന്വേഷണം എന്ന് പറയുന്നത് നമ്മൾ പരീക്ഷണശാലയിൽ ഉപകരണങ്ങളിലൂടെ പരിശോധിക്കുന്നു അതില്ല ഇവിടെ അതിന്റെയൊക്കെ സ്ഥാനം കേവലം ദൃഷ്ടാന്തം ദൃഷ്ടാന്തം അതിന്റെ ഇത് ദൃഷ്ടാന്തം എന്നുള്ളതാണെങ്കിൽ അതിനു സ്വീകരിക്കും ുദ്ധിക്ക് ദൃഷ്ടാന്തം ഭൗതിക അന്വേഷണം എന്ന് പറയുന്നതിന് കേവലം ദൃഷ്ടാന് ദൃഷ്ടാന്തം എന്ന് പറഞ്ഞു പറഞ്ഞല്ലോ അത് യുക്തി തന്നെ വസ്തുവിനെ എടുത്തു വെച്ച ഒരു ഉപകരണത്തിലൂടെ പരിശോധിച്ചു നോക്കിയല്ല ദർക്കും മുഖ്യമായ പക്ഷെ ഭൗതികശാസ്ത്രം അതല്ല ചെയ്യുന്നു അവര് യുക്തിയല്ല ആശ്രയിക്കുന്നു ബാഹ്യമായി വസ്തുക്കളെ തന്നെ ആശ്രയിക്കുന്നു ബാഹ്യമായ ഉപകരണങ്ങളെ ആശ്രയിക്കുന്നു ാഹ്യമായി അന്വേഷണങ്ങൾ നടത്തുന്നു എന്നിട്ട് അവസാനം സ്വന്തം ബുദ്ധിയിൽ അതിനെ സ്ഥിരീകരിക്കുന്നു നിഗമനം മാത്രം സ്വന്തം ബുദ്ധി ബാക്കിയെല്ലാം ബാഹ്യമായി ഭൗതികമായിട്ട് അങ്ങനെ ബാഹ്യമായി പരിശോധിച്ച് നോക്കിയാലും മനസ്സിലാവും ഇത് സത്യമല്ല പക്ഷെ അതിൻ്റെ ആവശ്യം വന്നില്ല ഭൗതികമായി നോക്കുമ്പോഴും മനസ്സിലാക്കുന്ന പിള്ളേർ കാണുന്ന നാമ രൂപമൊന്നും ഇതിൻ്റെ രൂപത്തിൽ നിലനിൽക്കുന്നതല്ല ഇതിനെല്ലാം മറ്റേതോ രൂപമുണ്ട് അതാണല്ലോ ഭൗതിക ശാസ്ത്രജ്ഞനും പറയുന്നു ഇത് പരമാർത്ഥമല്ല ഇതിന്റെ രൂപം വേറെയാണോ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഇതിനെ നിഷേധിക്കുകയാണ് ഇവിടെ ആത്മീയവിചാരത്തിന് അതിന്റെ ആവശ്യമുണ്ട് ആധ്യാത്മികമായ സാധനങ്ങളിൽ അങ്ങേറ്റം ഭൗതികമായി സ്വീകരിക്കുന്നത് ഒന്നിൽ പ്രതീകങ്ങൾ ബാക്കിയെല്ലാം മാനസികമാണ് എല്ലാ അതാണ് മുഖ്യം മറ്റെന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സാധനം എന്നുള്ള പൂജാതി കാര്യങ്ങൾ സ്വീകരിക്കും ഹവനം മറ്റും സ്വീകരിക്കും അതൊക്കെ ബാഹ്യം അതിന് മുഖ്യമായി വരുന്നത് എന്താണ് പറയും മാനസിക ഭാവനയാണ് മുഖ്യം എന്ന് പറയും ബാഹ്യമായി ചെയ്യുന്നതിന് ഗുണസ്ഥാനമാണ് ആധ്യാത്മികമായ എല്ലാ സാധനങ്ങളിലും മനസ്സാണ് മുഖ്യം ബുദ്ധിയാണ് മുഖ്യം തത്വാന്വേഷണത്തിൽ അതേ ഉള്ളു അതുകൊണ്ടവിടെ ബൗദ്ധികമായി നിശ്ചയിക്കുന്നു സത്യമാണോ അസത്യമാണോ ബൗദ്ധികമായത് അസത്യമാണ് നിശ്ചയിക്കുന്നു തത്വജ്ഞൻ സ്വാനുഭവത്തിൽ നിഷ്ഠനാകുന്നു തത്വനെ സംബന്ധിച്ചിടത്തോളം ഇത് കേവലം പ്രതീതിയാണ് ആ പ്രതീതി ഈ തത്വത്തിന്റെ എല്ലാം പ്രതീതിയാണ് അവിടെ അനർഥമില്ലല്ലോ അസത്യമായൊന്നും നിലനിൽക്കുന്നല്ലോ അപ്പൊ നാമരൂപങ്ങളെല്ലാം സദാത്മനാ തത്വപ്രതീതിയാണത് ആ തത്വപ്രതീതി ആയതുകൊണ്ട് തത്വജ്ഞന് ഇതിൽ നിന്ന് മുക്തനാകാൻ കഴിയുന്നു ആ തത്വത്തിലെ പ്രതീതിയിൽ നിന്ന് തത്വം മുക്തമാണ് പ്രതീതി മാത്രമാണ് യുക്തിയിലൂടെ പരിശോധിക്കുന്നവന് മനനം ചെയ്യുന്നവന് മുക്തനാകാൻ കഴിയുന്നില്ല അവനവൻ്റെ ബുദ്ധിയിലൊക്കെ ഇത് സ്ഥിരപ്പെടുത്തിയാലും അവന്റെ അനുഭവത്തിന് വേണ്ടി സത്യമായിട്ട് വരും അവനെ ബന്ധിക്കും ുദ്ധിയൊന്നും അനുഭവം വേറെ അതുകൊണ്ടാണ് മന്നനത്തിൽ യുക്തിവിചാരത്തിൽ മുക്തനാകാൻ കഴിയാത്ത മുക്തിസാധ്യമാണ് ഇതവനെ തന്നെ ബാധിക്കുന്നില്ല എന്നൊരു നില വരാത്തത് ഞാനീടെ രണ്ടു വിഷയത്തെയും ഭാഷകാരിലൂടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം ഇതെങ്ങനെയാണോ പ്രപഞ്ചത്തെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് അതുതന്നെയാണ് തന്നെ സംബന്ധിച്ചും തഥാജീവീ ജീവനെ സംബന്ധിച്ചും അങ്ങനെയാണ് യക്ഷാനുരൂപോ ഹി ബലിരിസിദ്ധി ഇതിന് ലൗകികന്യായമൊന്നും യക്ഷാനുരൂപോ ബലി ഇത് പലതരത്തിൽ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടതും വ്യാഖ്യാനിക്കേണ്ടതുമാണ് ബലി യക്ഷനുസരിച്ചാണ് ബലി എപ്പോൾ കൊടുക്കുന്നത് യക്ഷൻ സാത്വികനാണെങ്കിൽ സാത്വിക ബലി അങ്ങനെ മനസ്സിലാക്കും രാജസനാണെങ്കിൽ രാജസനി താമസമാണെങ്കിൽ താമസപരി തത്വത്തിന്റെ നിലയും അതുതന്നെ വളരെ ഉപരിപ്ലവമായി ചിന്തിക്കുമ്പോൾ ഇതിന് പരസ്പര വൈരുദ്ധ്യമുണ്ടെന്നും പക്ഷെ തത്വത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി പരിശോധിക്കുമ്പോൾ ഇതിലൊരു വൈരുദ്ധ്യമില്ല പാരമാർത്ഥികം വ്യവഹാരികം പ്രാതിഭാസ്യം ഇങ്ങനെയെല്ലാം ഇതിന് വേർ ഈ അനുഭവങ്ങൾ വേറിതിരിക്കുന്നത് ഒന്നിനൊന്നു വിരുദ്ധമല്ല അതെങ്ങനെ വരും ജാഗ്രത സ്വപ്ന സുഷൃക്തികൾ ഒന്നിനൊന്നിന് വിരുദ്ധമുണ്ട് അതിനെല്ലാം ആധാരമായിരിക്കുന്ന തുര്യൻ ഇതിനൊന്നിനോടും വിരുദ്ധമുണ്ട് ഇതൊന്നിനൊന്നിനോട് ചേർന്ന് നിൽക്കുന്നതാണ് അങ്ങനെ ഒരു സമന്വയ ദൃഷ്ടി അദ്വൈതത്തിൽ വരും തത്വജ്ഞനിൽ വരും ഇതൊരു പ്രതീതിയാകുന്നു അപ്പോ യക്ഷൻ ശുദ്ധനാകുന്നു ബലി അതുപോലെ ശുദ്ധമാകും നമ്മൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ നമുക്ക് കിട്ടാത്ത സമാധാനങ്ങൾ ഇതൊന്നും തത്വജ്ഞനൻ അങ്ങനെയൊന്നുമില്ല തത്വജ്ഞനെ സംബന്ധിച്ച് നമുക്ക് പല പ്രശ്നങ്ങളുന്നയിക്കാം തത്വജ്ഞൻ അങ്ങനെയാകുന്ന എങ്ങനെയാകുന്നു ഉണ്ണുന്നെങ്ങനെ ഒടുക്കുന്നതെങ്ങനെ ഇത് പ്രജ്ഞസിക്കാ ഭാഷ ഇതൊക്കെ എങ്ങനെ സംഭവിക്കും തത്വജ്ഞനെങ്ങനെ ശാന്തനായിരിക്കുന്നു എങ്ങനെ ചിരിക്കുന്നു എങ്ങനെ കരയുന്നു നൂറുകണക്കിന് ചോദ്യങ്ങളുണ്ടാവും ഇതിനൊന്നും തൊട്ട് അവസാനം ഉണ്ടാകാൻ പോകും തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം അത് സ്വന്തം നിലയാണ് അവിടെ ഈ പ്രശ്നങ്ങൾ വലിയ സമാധാനം യക്ഷാനുരൂപം ബലി യക്ഷനുസരിച്ചാണ് ബലി പിന്നെ മറിച്ച് അജീവൻ തത്വജ്ഞനല്ല തത്വജ്ഞന അല്ലെങ്കിൽ അവിടെ ബലി മാറും ശരി അവൻ ജിജ്ഞാസുമാണ് ഊഹാപോഹ വിചക്ഷണനാണ് അവന് ഈ പ്രപഞ്ചം അനതമായോ അനർവചനീയമായോ ഒക്കെ അനുഭവപ്പെടും അപ്പം അവിടെ ബലി വ്യത്യാസം അവിടെ അവനെക്കുറിച്ച് പറയുന്ന അവനെ ശാസ്ത്രം അവതരിപ്പിക്കുന്നതൊക്കെ വേറെ രീതി തത്വജ്ഞന്റെ നിലയിലുണ്ട് ഇനി കേവലം അജ്ഞനാണ് അവനെ സംബന്ധിച്ച് ജനനം മരണം ഇതെല്ലാം ഉണ്ട് ആ അജ്ഞനെ തന്നെ ശാസ്ത്ര സംസ്കാരമുള്ളവനാണ് അവന് എല്ലാം രക്ഷാനൊരു ഭൂപരി പ്രതിപാദനം ചെയ്യുന്നതും തത്വത്തെ ഗ്രഹിക്കുന്നതുമെല്ലാം വ്യക്തിക്കനുസരിച്ചാണ് യോഗ്യതയ്ക്കനുസരിച്ചിട്ടാണ് ഗുരു ഉപദേശിക്കുന്നതും ശിഷ്യൻ ഗ്രഹിക്കുന്നതും എല്ലാം ഒരേ തത്വത്തെ തന്നെ പലരോടും ഒരേ സമയം ഉപദേശിക്കും പലരും പലതരത്തിൽ ഗ്രഹിക്കും ലശ്വതി ഓരോ പറഞ്ഞു തക്കം മസി ഒരാൾ അതിനെ അദ്വൈതമായി ഗ്രഹിച്ചു ഒരാൾ ദ്വൈതമായി ഗ്രഹിച്ചു രക്ഷാനുരൂപവും നമ്മളെങ്ങനെയോ അങ്ങനെ നമ്മൾ ഗ്രഹിക്കുന്നു ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യം ഒന്ന് ഒന്നും ഗ്രഹിക്കാത്തവനും ഉണ്ട് പൂർണ്ണമായ അജ്ഞനുമുണ്ട് കുറെയൊക്കെ ഗ്രഹിക്കുന്നവരുണ്ട് തത്വത്തിൻ്റെ ഒരു ഈശ്വരദർശനം ഒരു പ്രകാശം ഉൾപ്പതിയുന്നവരുണ്ട് അതിനോട് ശ്രദ്ധയെ വരാത്തവരുണ്ട് ഇത് ശാസ്ത്രം ഗുരു ആത്മീയതയെല്ലാം എല്ലാവർക്കും ഉള്ളതാണ് ഏത് തലത്തിൽ നിൽക്കുന്നവനും ഉള്ളതാണ് അതിനെല്ലാം പറയുന്നത് ഇതാണ് നിക്ഷേപരി ഒരാൾക്ക് തത്വത്തിൽ ശ്രദ്ധ വരുന്നു അയാൾ ഗ്രഹിക്കാൻ യോഗ്യതയുള്ളൂ തത്വഗ്രഹണത്തിന് സാമർഥ്യമില്ലെങ്കിൽ എങ്ങനെ തത്വത്തിൽ ശ്രദ്ധ വരും അങ്ങനെ ബലം പ്രയോഗിച്ച് തത്വ ശ്രമിപ്പിച്ചിട്ട് കാര്യമാണ് ചിലപ്പോൾ ഉണ്ടായേക്കാം ഇല്ലെന്ന് പറയാമേ നാളെ ഒരു കാലത്ത് അവന അതുകൊണ്ട് തത്വത്തിൽ ശ്രദ്ധ ഉണ്ടായെന്നവരാ പക്ഷെ ഒരു കാര്യത്തിന് ഉറപ്പില്ല എന്തുകൊണ്ട് യക്ഷാനൂപ രക്ഷനുസരിച്ചാണെങ്കിലും ഓരോരുത്തൻ കർമ്മത്തിൽ വിശ്വസിക്കുന്നു അത് ചെയ്യുന്നു ഭക്തിയിൽ വിശ്വസിക്കുന്നു അത് ചെയ്യുന്നു യോഗത്തിൽ വിശ്വസിക്കുന്നു ഒരാൾ യന്ത്രത്തിലോ തന്ത്രത്തിലോ മന്ത്രത്തിലോ വിശ്വസിക്കുന്നു അതിലൊന്നും ചിലർ വിശ്വസിക്കുന്നില്ല അതിന് ആരാ ശരി ആരാ തത്വവിചാരം ചെയ്യുന്ന വിചാരിക്കും ഞാനാണ് യോഗ്യൻ അവന് ആ യോഗ്യതയില്ല കഷ്ടം അവനെക്കുറിച്ച് ഫലപിക്കും യോഗ അഭ്യസിക്കുന്നു വിചാരിക്കും പാവം അവൻ്റെ ബുദ്ധിയെ നശിപ്പിക്കുന്നു അവൻ തലച്ചോറിന് ഭാരം ഉണ്ടാകുന്നു ആവശ്യമില്ലാത്തതൊക്കെ തലയ്ക്കായിട്ട് കേരുന്നു അവൻ്റെ ഈ മസ്തകജ്ഞാനം കൊണ്ട് അവന് മോക്ഷം കിട്ടുമില്ല ആ സമയം അവൻ സമയം പ്രാണായാമം ചെയ്തിരുന്നെങ്കിൽ അവന്റെ മനോമാലിന്യങ്ങളൊക്കെ നീങ്ങി അവൻ സമാധി അനുഭവത്തിലൂടെ ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ചത് എന്ത് വെഡ്ഢിയാണ് അതാണ് അങ്ങനെ ചിന്തിക്കും യക്ഷാന്റെ രൂപ ബലി അതാണ് ആ യക്ഷന്റെ പോക്ക് അത് ഈ യക്ഷന്റെ പോക്ക് ഇത് ഇതിലേതാ ശരി ആരാ കേറ്റത്തില്ല ഇനി പുരുത്തം വിചാരിക്കുന്നതൊക്കെ ശുദ്ധ അസംബന്ധമാണ് ഇവിടെ ഈ ഭൗതികമായ സാഹചര്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി സുഖമായി ജീവിക്കുക ഭൗതികവാദി ആത്മീയവാദി വിചാരിക്കുന്നു ഈ ഭൗതികവാദി വെറും ചിന്തിക്കുന്നതൊക്കെ വെറും ഭോഷാണ് കഷ്ടം അവനെക്കുറിച്ച് ലഭിക്കുന്നു സത്യത്തെ അറിയുന്നില്ലല്ലോ അവൻ തിരിച്ച് പറയുന്നു ഈ ശുദ്ധ മണ്ഡലം ഇവനെന്താ കാണിക്കുന്നു ഇതെല്ലാം ഇവിടെ ഉള്ളപ്പോൾ ഇതൊക്കെ അനുഭവിക്കാതെ ഇവനെന്തിന്റെ പറയ നടക്കുന്നു ഇവനെന്താ കിട്ടാൻ ഇവ ശൂന്യതയെ കഴിഞ്ഞ നടക്കില്ല എവിടെ കിട്ടും രണ്ടുപേരും കരുതുന്നു എന്താണ് താനാണ് കേമൻ മറ്റൊന്ന് മോശം ഇവൻ ആരാ കേൻ ആരാ മോശം എല്ലായിടത്തും സംഭവിക്കുന്നത് എന്താണോ രക്ഷാൻ ഇതെല്ലാം ചിത്തിട പ്രതിഭാസങ്ങളാണ് ഇതെല്ലാം അജ്ഞന്റെ നിലയാണ് ഇനി ഒരാളും ഒരാളിൽ നിന്നും ശ്രേഷ്ഠനോ ദിവ്യനോ മോശമോ അല്ല തത്വജ്ഞൻ ഇതെല്ലാം എന്താണ് ചിത് കാണുന്നത് അവിടെ ഈ ഭേദമില്ല യക്ഷാനുരൂപവും ഹിബരി അതുകൊണ്ട് ജീവനെ സംബന്ധിച്ചു അങ്ങനെ മനസ്സിലാക്കണം അധ സദാത്മന സർവവ്യവഹാരാണ വികാരാണാം സത്യത്വം ഈ പറയുന്ന തത്വജ്ഞന്റെ അനുഭവമാണ് അതുകൊണ്ട് ഇവിടെ യക്ഷനാരാണ് തത്വജ്ഞൻ തത്വജ്ഞൻ തത്വനിഷ്ഠൻ തത്വനിലയിൽ എന്താണ് പറയുന്നത് സദാത്മന സത്തായി ിത്തായി ആനന്ദമായി സർവവ്യവഹാരാണാം സർവവ്യവഹാരങ്ങളും വ്യവഹാരമുണ്ട് അത് വ്യവഹാരമായിട്ടല്ല സർവ വികാരാണാം സർവ വികാരങ്ങളും വികാരം എന്ന് പറയുമ്പോൾ ബാഹ്യമായ വികാരങ്ങളും ആന്തരികമായ വികാരം വികാരം രണ്ടു തരത്തിലാണ് സിഷ്ടമായതെല്ലാം ഷഡ്ഭാവ വികാരത്തിന് ബാഹ്യമായ വികാരം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ശരീരം ഉൾപ്പെടെയുള്ള പ്രപഞ്ചത്തിലെ വികാരങ്ങൾ അസ്ഥിജന്മർ പരിണത്യപക്ഷാശനം എന്ന് പറയുന്ന ഷഡ്ഭാവ വികാരങ്ങൾ ബാഹ്യമായ ആന്തരികമായ വികാരം എന്ന് പറയുമ്പോൾ മനസ്സിന്റെ വികാരം സത്യത്വം ഇതെല്ലാം സത്യമാണ് ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് സദാത്മന സദ്രൂപത്തിൽ സർവവ്യവഹാരങ്ങളും ബാഹ്യമായും ആന്തരികമായും നടക്കുന്ന വ്യവഹാരങ്ങളും വികാരങ്ങളും സത്താണ് അപ്പോ നമ്മൾ ധരിച്ചിരിക്കുന്നത് ആത്മജ്ഞാനിയുടെ മനസ്സെന്ന് പറയുന്നത് ആത്മാജ്ഞാനം വന്നു കഴിഞ്ഞാൽ മരവിച്ച് പോവും ബഡി പോലെയാവും നങ്ങത്തില്ല നമ്മുടെ മനസ്സെന്ന് പറയുന്ന അങ്ങനെയല്ല ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുകയാണ് ചലിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റതങ്ങനെയല്ല സ്തംഭിച്ചു വായു സ്തംഭിച്ചെന്നൊക്കെ പറയുന്നു ശുദ്ധാസംബന്ധങ്ങളൊന്നും സ്തംഭിക്കത്തില്ല ഇവിടെ എന്താണ് പറയുന്നത് സദാത്മന സദ്രൂപത്തിൽ സർവ്വ്യവഹാരാണെന്നും സർവവികാരാണെന്റെ സത്യത്വം സർവവ്യവഹാരങ്ങളും സർവവികാരങ്ങളും സത്യമാണ് സത്യത്തിന് സ്തംഭിക്കേണ്ട കാര്യമൊന്നുമില്ല സത്യത്തിന് നിശ്ചയമാകേണ്ട കാര്യമൊന്നുമില്ല ഏതെങ്കിലും ഞാന് പറയുകയാണ് എന്റെ മനസ്സിൽ നിശ്ചലമെന്ന് പറഞ്ഞാൽ അത് ഞാനിയാണെങ്കിൽ പറഞ്ഞതിന്റെ താല്പര്യം നമുക്ക് മനസ്സിലായി അല്ലെങ്കിൽ അത് ഞാനിയായിട്ട് അഭിനയിക്കുന്ന ആളാണ് ഞാനിയല്ല അങ്ങനെ അഭിനയിക്കുക ആർക്കും അഭിനയിക്കുക മറിച്ചുകൂടി എന്താ പറയുന്നത് സദാത്മനാസർ വ്യവഹാരാണ വ്യവഹാരമെന്ന് പറയുന്നത് മനസ്സ് ചലിക്കാതെ ഉണ്ടാകത്തില്ല എൻ്റെ മനസ്സ് ചലിക്കുന്നില്ല എന്ന് പറയുന്നത് തന്നെയാണ് മനസ്സിൻ്റെ ചലനം പക്ഷേ ഒരു തത്വജ്ഞനും അങ്ങനെ പറഞ്ഞെന്ന് വരാ മനസ്സ് സ്പന്ദിക്കുന്നില്ല എന്ന് പറയുമ്പോ എന്റെ താല്പര്യം എന്താണോ വ്യാവഹാരികമായിട്ട് അർത്ഥത്തെ എടുക്കരുത് ആ മനസ്സ് സത്ത് തന്നെയാണ് അത് മരും മരീചികയിൽ വെള്ളമില്ലെന്ന് പറയുന്നവരെയുള്ളൂ ഒരു സത്യം പറയുന്നു പിന്നെ ആ കാണുന്നതും ആ പ്രതീരി അതിനും നിഷേധിക്കുന്നില്ല അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്ന മനസ്സിന്റെ ഒരു ചലനം അത് തത്വജ്ഞൻ നിഷേധിക്കുന്നില്ല അതാണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ പ്രതീക്ഷിക്കുന്ന മനസ്സിന്റെ ഒരു നിശ്ചലത അത് തത്വജ്ഞാനമൊന്നും അംഗീകരിക്കുന്നില്ല രണ്ടുമുണ്ട് പിന്നെ അതെങ്ങനെ മനസ്സിലാക്കണം അതാണൂടെ പറഞ്ഞിരിക്കുന്നത് സദാത്മന സത്രൂപത്തിൽ സർവവ്യവഹാരാണ് ആ തുടരുന്നു യാവുന്ന വിമോക്ഷി ശ്രുതി പറയുന്നു അധ സത്സമ്പദ് വ്യവഹാരത്തെ അംഗീകരിക്കുകയാണ് പിന്നെ ഞാനത്തെ കുറിച്ച് ആര് പറയുന്നു ആരാരോട് പറഞ്ഞുവരും ഗുരുവിന്റെ മനസ്സ് ഇരുപത്തിയാറ് മണിക്കൂറ് സമാധിയിലാണെങ്കിൽ പിന്നെ ശിഷ്യൻ എവിടെ ഗുരുവെവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ചെന്നനമില്ലായ്മ എന്ന് പറയുന്ന സമാധിയാണ് അങ്ങനെ സമാധിയിലാണെങ്കിൽ പിന്നെ ഗുരുവിശിക്ഷനും ഇല്ലല്ലോ അവിടെയുണ്ട് പക്ഷെ എങ്ങനെ സർവ്വ വികാരാണ് വികാരങ്ങളും തത്വജ്ഞാനം ഇതിനെ ഇല്ലാതാക്കുന്നുണ്ട് സത്യത്വത്തെ ബാധിക്കുന്നു എന്നുള്ളതാണ് മരുമരിചിയെ കാണുന്നവന് ആ പ്രതീതി ഇല്ലാതാക്കാൻ കഴിയില്ല അവിടെ മറ്റെന്തെങ്കിലും സംഭവിച്ചാൽ അല്ലാതെ കാണുന്നുവെന്ന് വിചാരിച്ചാൽ അതില്ലാതാകത്തില്ല കണ്ണടച്ചാ ഇല്ലാതാകും ഇല്ല മനസ്സിനെ സ്തംഭിപ്പിച്ചു വെക്കുന്നതല്ലാ തത്വം അത് സമാധി അങ്ങനെ ഉണ്ടൊരഭ്യാസം അത് ചെയ്യ താല്പര്യമുള്ളവർക്ക് അത് ചെയ്യ ഇവിടെ അതിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത് എന്താണ് സദാത്മന സർവ്വ്യവഹാരാണാൻ പരമവികാരാണെൻ്റെ സത്യത്വം പക്ഷെ അങ്ങനെ അല്ലെങ്കിലോ ഞാനിതൊക്കെ ചിന്തിക്കുന്നു മനസ്സിലാക്കുന്നു പക്ഷെ എനിക്ക് ഉണ്ട് വികാരങ്ങളും വിചാരങ്ങളും എനിക്കുണ്ട് വ്യവഹാരങ്ങളും ഇതൊന്നും സത്യമല്ല പിന്നെ നിങ്ങളെന്താ മനസ്സിലാക്കിയത് അതടുത്ത് പറയുന്നു സത്വ അന്യത്വം അങ്ങനെയല്ല എന്ന് വന്നു കഴിഞ്ഞാൽ അൻ്റെ തത്വം അല്ല ഇത് അനർത്ഥമാണെന്ന് മനസ്സിലാക്കും കുറഞ്ഞപക്ഷം അത്രയെങ്കിലും മനസ്സിലാക്കും അത് കഴിയണമല്ലോ ഇത് പരമാർത്ഥമല്ല അത് ഗ്രഹിക്കാമല്ലോ ഇതിനപ്പുറം ഒരു പരമാർത്ഥമുണ്ടെങ്കിലിത് പരമാർത്ഥമുണ്ട് ഈ ജാഗ്രത ഇല്ലാത്ത ഒരവസ്ഥ എനിക്കുണ്ടെങ്കിൽ ഞാനിപ്പോഴും അത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ജാഗ്രത പരമാർത്ഥമുണ്ട് മിത്തിക്ക് ബോധിക്കുന്ന കാര്യമാണ് ഇത് നഗസ്സി ദോഷ അതുകൊണ്ട് നിങ്ങൾ ഉന്നയിക്കുന്ന തരത്തിലൊന്നുമുള്ള ദോഷങ്ങളൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല അതുകൊണ്ട് പ്രപഞ്ചാനുഭവം പ്രപഞ്ചാനുഭവ പ്രപഞ്ചവികാരങ്ങൾ പ്രപഞ്ചവികാരം പ്രപഞ്ചവ്യവഹാരം എല്ലാം സദാത്മന സത്യം ഈ സിദ്ധാന്തത്തിൽ യാതൊരു ദോഷമില്ല സത്യവിഥാത്വങ്ങളും നിങ്ങൾ വിവേകപൂർവ്വം ധരിക്കണം ശരിയായി ധരിക്കണം ആ സത്യം അതാണ് സത് തോമസി അതാണ് ഇവിടെ ഉപദേശിക്കുന്നത് ആ സത്യമാണ് നീ ശരിയായി ഗ്രഹിച്ചില്ലെങ്കിൽ അതിനും ആശയക്കുഴപ്പം വരും അതുകൊണ്ട് ഭാഷകാരന്മാരൂടെ വളരെ വ്യക്തമായി പ്രതിപാദിച്ചിരിക്കുന്നു